തുടർന്ന് ധ്രുവൻ രാജീവാനന്ദൻ്റെ പുത്രനായ പുഷ്കലിനെ ഏൽപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും ഹിമാലയത്തിലേക്ക് യാത്ര പുറപ്പെടുകയാണ് അങ്ങനെ ഭദ്രിക ആശ്രമത്തിലെത്തിച്ചേർന്ന് അളകനന്ദയിൽ കുളിച്ച് അവിടെ ധ്യാനനിരതനായി തിരുന്നോ പറയുകയാണ് ആ ധ്യാനനിരതനായ ധ്രുവന്റെ മനസ്സ് മുഴുവൻ എല്ലാ ദോഷചിന്തകളെയും വിട്ട് പൂർണമായ ഭക്തിയിൽ ലയിച്ചപ്പോൾ ഭഗവത് സ്മരണയിലുറച്ചപ്പോൾ അതാ അവിടേക്ക് വരുന്നൊരു വിമാനം ധ്രുവൻ നോക്കിയപ്പോൾ വിഷ്ണുപാർഷണന്മാർ വിമാനത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു അവർ ധ്രുവനെ സ്വീകരിച്ചുകൊണ്ട് പറയുന്നു ഒരു ധ്രുവൻ അവിടുത്തെ തപസ് പൂർണ്ണമായി അങ്ങക്കിനി വൈകുണ്ഠപ്രാപ്തി യോഗ്യനായിരിക്കുന്നു കയറിക്കൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ധ്രുവൻ വിമാനത്തിലേക്ക് കയറുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ ഈ പുരോഗതിക്കും തൻ്റെ ഈ ഉയർച്ചയ്ക്കുമെല്ലാം കാരണം തൻ്റെ പിതാവ് തൻ്റെ മാതാവാണ് ആ മാതാവിനെ കൂടാതെ താൻ പോകരുതെന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് പറഞ്ഞു എൻ്റെ അമ്മയില്ലല്ലോ അതുകൊണ്ട് ഞാൻ വരുന്നില്ലയാണ് ആ സമയത്ത് ആ വിഷുപാർഷവന്മാരെ മുന്നിലുള്ള വിമാനത്തെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ധ്രുവൻ അവിടുന്ന് മുന്നിലേക്ക് നോക്കൂ അയ്യയ്ക്ക് കാണാം അങ്ങയുടെ മാതാവ് മറ്റൊരു വിമാനത്തിൽ പോകുന്നത് നോക്കുമ്പോൾ കാണുന്നത് അമ്മ മുന്നിലുള്ള വിമാനത്തിൽ യാത്ര അമ്മയെ തോതുകൊണ്ട് ധ്രുവൻ വിമാനത്തിലേക്ക് കയറി പിന്നെ അങ്ങനെ പോയി എന്നാണ് കഥ ഭഗവതം പറയുന്നു തൻ്റെ ജീവിതത്തിൽ എല്ലാ പുരോഗതിക്കും കാരണം അമ്മയുടെ ദർശനമാണ് അമ്മയുടെ ആ വിവേകത്തോടുകൂടിയിട്ടുള്ള മാർഗദർശനമാണ് അവിടെ നിന്നും ഈശ്വരനെ തപസ് ചെയ്ത് പിന്നീട് വീണ്ടും ശുതിയിൽ വീണപ്പോ മനസ്സ് അധപ്പതിച്ചപ്പോ പിതാമഹനായ സ്വയംഭൂമനുവന്ന് ഉയർത്തിയപ്പോ അങ്ങനെ കുബേരനിലൂടെയും ഭക്തിയിലേക്ക് ഉയരാൻ സാധിച്ചപ്പോ ഇന്നിതാ ധ്രുവൻ ജീവിതം ധന്യമാക്കി പ്രിയാണ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈ ഭാഗവതം നമുക്ക് മാർഗദർശനം തരുന്നു ആ ദർശനത്തിലൂടെ നമുക്ക് പോവാൻ സാധിച്ചാൽ ഇടയ്ക്ക് വീണാലും ശരി വീണ്ടും ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ആ ഭക്തിയിലേക്ക് നമുക്ക് ഉയരാൻ സാധിച്ചാൽ ധ്രുവനെ പോലെ നമുക്കും ഭാഗവതം പറയുന്നു ധ്രുവൻ എങ്ങനെയാണ് പോയത് ധ്രുവൻ പോകുന്ന സമയത്ത് വിമാനത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന സമയത്ത് ധ്രുവന്റെ മുന്നിൽ മൃത്യുദേവൻ വന്നു ആ മൃത്യുവിന്റെ ശിരസിൽ കാലിറച്ചുകൊണ്ടാണ് ധ്രുവൻ കയറിയതെന്ന് ഭാഗവതത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ മൃത്യുവിനെപ്പോഴും തോൽപ്പിച്ചുകൊണ്ട് ധ്രുവൻ വിമാനത്തിലേക്ക് കയറിയതാണ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം ധ്രുവൻ മൃത്യുവിനെ തോൽപ്പിച്ച് അമരത്വത്തിലേക്ക് ഉയർന്നു എന്ന അർത്ഥം മനസ്സിലാക്കണം എന്ന് മരണത്തിൽ നിന്നും അമരത്വത്തിലേക്ക് ഉയർന്നവനാണ് ധ്രുവൻ ധ്രുവൻ എന്ന് പറഞ്ഞാൽ തന്നെ ധ്രുവത്വം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഉറപ്പിച്ചവെന്നാണ് അർത്ഥം ഗീതയിൽ അവസാനത്തെ ശ്ലോകത്തിൽ ധ്രുവെന്നുള്ള ശബ്ദം നിങ്ങൾക്ക് കാണാം എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർദ്ധരീ വിജയോ ധ്രുവാനീതിർമതിൽ മനസ്സിനെ ഉറപ്പിച്ചവല്ല എന്തിനാണ് മനസ്സിനെ ഉറപ്പിക്കേണ്ടത് ഭഗവത് ഭക്തിയിൽ മനസ്സിനെ ഉറപ്പിച്ചാൽ മരണത്തെ പോലും അതിവർത്തിക്കാൻ സാധിക്കുമെന്ന് കഥയിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കണം അതിനുശേഷം പിന്നീട് ധ്രുവന്റെ പുത്രൻ വത്സരൻ രാജഭാരമേറ്റെടുത്തു വത്സരനെ ശേഷം പിന്നീട് അംഗൻ രാജ്യഭാരം ഏറ്റെടുത്തു അങ്ങനെ തലമുറകൾ മുന്നോട്ടു പോയി മുന്നോട്ടു പോയി അംഗൻ പുത്രനില്ലാതെ ദുഃഖിച്ചപ്പോ മഹാത്മാക്കൾ യാഗം ചെയ്ത് ആ യാഗത്തിൽ നിന്നും പായസം വരുത്തി അങ്ങനെ ഒരു പുത്രനുണ്ടായി ആ പുത്രന്റെ വേനൻ എന്ന് പേരിട്ടു മഹാദ്രോഹിയും ദുഷ്ടനും നീചനുമായി ആ കുട്ടി ആളുകളെയൊക്കെ ദ്രോഹിക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ പ്രജാദ്രോഹം ചെയ്ത ആ കുട്ടിയുടെ ജീവിതം കണ്ടപ്പോ അച്ഛൻ വൈരാഗ്യുക്തനായിട്ട് തപസ്സിന് വേണ്ടി പോയി എന്നാണ് അപ്പോ ഭാഗവതം പറയുന്നു ചില അച്ഛന്മാരൊക്കെ വീട് വിട്ടു പോകണമെങ്കിൽ അങ്ങനെയുള്ള പുത്രന്മാർ വേണത്രേ കുറച്ച് ദ്രോഹം ചെയ്യുന്ന പുത്രന്മാരൊക്കെ വേണം അപ്പോഴേ അവർക്ക് വൈരാഗ്യം വരില്ല അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് അങ്ങനെയൊക്കെ ദ്രോഹം ചെയ്യുന്നവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാനെ എന്നും അവർക്കും ഇങ്ങനെ തോന്നണെന്നാൽ എനിക്ക് അങ്ങേ വിളിക്കാൻ തോന്നുള്ളൂ അല്ലെങ്കിൽ ഒട്ടും ദ്രോഹം ചെയ്യാത്തവരൊന്നും കൂടെ ഇല്ലെങ്കിൽ ഭഗവാനെ വിളിക്കാൻ തോന്നില്ല വിഷമങ്ങളുണ്ടെങ്കിൽ നമ്മളൊക്കെ ഭഗവാനേ വിളിക്കുള്ളൂ ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ ആരാ ഭഗവാനെ വിളിച്ചത് എല്ലാ സുഖ വീട്ടിലുണ്ട് എല്ലാവരും ഇങ്ങനെ തേനാണ് പാലാണ് മുത്താണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മളെ സ്നേഹിക്കാനുണ്ടെങ്കിൽ ആരെങ്കിലും ഭഗവാനെ വിളിക്കും ആരും വിളിക്കില്ല എന്നാൽ ആരെങ്കിലും നമുക്ക് വല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഗുരുവായൂരപ്പ അവർക്ക് ദ്രോഹം ഉണ്ടാവണമെങ്കിലും വിചാരിക്കും ഗുരുവായൂരപ്പനെ വിളിക്കും കൊടുക്കണേ ഗുരുവായൂരപ്പ എന്നെങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു അങ്ങനെയെങ്കിലും ഗുരുവായൂരപ്പനെ വിളിക്കുമല്ലോ അങ്ങനെ ഭഗവാൻ ഓരോ പരീക്ഷണം തരുന്ന അങ്ങനെ വേനൻ രാജ്യഭാരം രാജ്യഭാരൊ ഏറ്റെടുത്ത് അദ്ദേഹത്തിന്റെ ഭരണത്തില് രാജ്യം പോലും ദുഃഖിച്ചു ഞാൻ മഴയില്ല നോക്കൂ ഇന്ന് എത്ര നല്ല മഴയാണ് പെയ്ണത് ആളുകൾക്കൊക്കെ ദുഃഖവും വിഷമങ്ങളൊക്കെ ഉണ്ടായി പ്രജാദ്രോഹം ചെയ്തപ്പോ ആളുകളൊക്കെ വളരെ കഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ രാജ്യഭരണത്തിൽ ഒരു ഗുണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്താ കള്ളന്മാരൊക്കെ വളരെ കുറവായിരുന്നു നാട്ടില് അതിനെന്താ കാരണവച്ചാൽ രാജാവ് തന്നെ വലിയ കള്ളക്കാർ കള്ളനായിരുന്നു കൊള്ളക്കാരനായിരുന്നു പിന്നെ ഇങ്ങനെ മറ്റ് കള്ളന്മാരുണ്ടാവുക അതുകൊണ്ട് അങ്ങനെ ഒരു ഗുണം ഉണ്ടായിരുന്ന ഏതായാലും ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ദുഃഖിതരായ മഹാത്മാക്കൾ ഒരു യാഗം ചെയ്യാൻ തുടങ്ങി മഴ ഇല്ല ഒന്നുമില്ല പ്രകൃതിയൊക്കെ ദുഃഖിച്ചുകൊണ്ടിരിക്കണം അപ്പൊ മഴ പെയ്യിക്കാൻ യാഗം ചെയ്യാൻ നിശ്ചയിച്ചപ്പോൾ ആ സമയത്ത് രാജാവ് പറയുകയാണ് നിങ്ങൾ യാഗമൊന്നും ചെയ്യണ്ട ആ യാഗത്തിനുണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് തന്നാൽ മതി കാരണം ഞാൻ തന്നെയാണ് ഇവിടുത്തെ വലിയ ഈശ്വരൻ എന്നേക്കാളും വലിയ ഈശ്വരൻ ഒന്നും ലോകത്തിൽ തന്നെയാണ് ആ സമയത്ത് മഹാത്മാക്കൾ ശപിച്ചു കൊന്നുവെന്നാണ് ഹൂ ഹൂഹു എന്നുള്ള ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് വേനനെ അങ്ങനെ ശപിച്ചു കൊന്നുവെന്ന് വേനൻ മരിച്ചപ്പോഴോ അയാൾ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പുത്രനില്ല അതുകൊണ്ട് രാജ്യഭാരം ഏറ്റെടുക്കാൻ അങ്ങനെ ഇനി ആരാണ് രാജ്യഭാരം ഏറ്റെടുക്കുക നോക്കുമ്പോൾ പുത്രനില്ലാത്ത അവസ്ഥ കണ്ടപ്പോ ഈ ശവശരീരത്തെ എണ്ണത്തോണിയിൽ ഇട്ട് സൂക്ഷിച്ചു വെച്ചു അദ്ദേഹത്തിന്റെ അമ്മ സുനീതിനാണ് അങ്ങനെ ആ ശരീരത്തെ കടയാൻ നിശ്ചയിച്ചു മഹാത്മാക്കൾ ആദ്യം തന്നെ കാലുകൾ കടഞ്ഞപ്പോ ഉയരം കുറഞ്ഞൊരു രൂപം പ്രകടമായി അവൻ കരയാൻ തുടങ്ങി അപ്പൊ പറഞ്ഞു നിഷാദ നിഷാദ നീ കരയേണ്ടെന്ന് അങ്ങനെ ആ വംശം മുഴുവൻ നിഷാദന്മാരായിട്ട് അറിയപ്പെട്ടു എന്നാണ് അതിനുശേഷം പിന്നീട് കൈകൾ കടഞ്ഞപ്പോ രണ്ട് രൂപങ്ങൾ പ്രകടമായി അതായിരുന്നു ഭഗവാന്റെ അംശാവതാര രൂപമായ പൃഥു അതിൽ നിന്ന് മറ്റൊരു മനോഹരമായ ദേവീരൂപവും പ്രകടമായി അതാണ് അർച്ചിസ് ദേവിയും എന്ന് കഥ പറഞ്ഞ് ഇവിടെ ഭഗവാന്റെ പൃഥു അവതാരത്തെ പറയാനും ഭഗവാൻ അവതരിച്ചതും അവിടെ ഉണ്ടായിരുന്ന സ്തുതിപാളുകന്മാരെ സ്തുതി തുടങ്ങി ഉടനെ ഭഗവാൻ പറഞ്ഞു ഇങ്ങനെയുള്ള സ്ഥിതിയല്ലേണ്ടത് ഒരാളുടെ ഗുണം കണ്ടിട്ട് ആ സ്തുതിയല്ലേണ്ടത് ആദ്യം തന്നെ വരുമ്പോഴേ അയാൾ കേമനാണ് മറ്റതാണ് മറച്ചതാണെന്നൊക്കെ ചില ആളുകൾക്കുണ്ട് അങ്ങനെയൊക്കെ ഒരു സ്വഭാവം ആരെങ്കിലും വരുമ്പോഴേക്ക് അവരെ പുകഴ്ത്തിപ്പറിയുക അങ്ങനെ പറയരുത് എന്ന് പറയണം ഒരാളുടെ പ്രവൃത്തിയും സ്വഭാവമൊക്കെ കണ്ടിട്ട് വേണം പുകഴ്ത്തലും കാര്യങ്ങളൊക്കെ ഏതായാലും ചെറുപ്പത്തിലെ വിദ്യാഭ്യാസവും ആധ്യാത്മീയ ജ്ഞാനമൊക്കെ നേടി പൊതുചക്രവർത്തിയെ ഒരിക്കലും നോക്കുമ്പോൾ എന്ന് നോക്കുമ്പോഴും മഴയില്ല എങ്ങും ദാരിദ്ര്യം ആകാ എന്താണ് ഭൂമിയെല്ലാം വരണ്ടുണങ്ങിയിരിക്കുന്നു എവിടെ നോക്കിയാലും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും രാജാവിന് പ്രജകളുടെ വിഷമം കണ്ടപ്പോൾ സഹിച്ചില്ല അതെയും ആയുധമേന്തിക്കൊണ്ട് കുതിരപ്പുറത്ത് കയറി ഭൂമിയെ യുദ്ധം ചെയ്യാനായിട്ട് പോരിനെ വിളിക്കുകയാണ് ആ സമയത്ത് ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപമെടുത്ത് ഓടാൻ തുടങ്ങി രാജാവും വെട്ടില്ല പുറകിലോടി കുതിരപ്പുറത്ത് ഭൂമി നോക്കി തൻ്റെ ബ്രഹ്മാസ്ത്രം എടുത്തു ആ സമയത്ത് ഭൂമിദേവി ഓടി വന്ന രാജാവിന്റെ കാലു പിടിച്ചിട്ട് പറഞ്ഞു രാജാക്കന്മാർക്ക് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അങ്ങനെ വധിക്കാൻ പാടില്ല എന്ന് ഉടനെ പറഞ്ഞു നിയമങ്ങളും ശാസ്ത്രങ്ങളും ധർമ്മങ്ങളും എനിക്ക് നല്ലവണ്ണം അറിയാം പക്ഷേ ദേവി ദേവിയുടെ ധർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സ്ത്രീ സ്ത്രീയുടെ ധർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ അവളെ വധിക്കാൻ രാജാവിന് അർഹതയുണ്ട് അതുകൊണ്ട് ദേവി എന്റെ പ്രജകളുടെ ദുഃഖവും വിഷമവും കാണുന്നില്ലേ മഴയില്ല അതുപോലെ ഒരു ജീവിക്കാനുള്ള അവർക്ക് വിത്തുകളും ധാന്യങ്ങളും ഒന്നുമില്ല എന്താ ദേവി ഇങ്ങനെ ഫലഭൂയിഷ്ടമല്ലാതെ നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഉടനെ പൃഥ്വിദേവി കരഞ്ഞുകൊണ്ട് പറയുകയാണ് നിങ്ങളുടെ പൂർവികന്മാരായ ആളുകൾ ദ്രോഹചിന്തയിൽ ഭരിച്ചപ്പോ മഴ നിന്നുപോയിതാണ് അതുകൊണ്ടാണ് മഴയൊന്നും പെയ്യാത്തത് ഈ ആ അത്ര ഫലഭൂയിഷ്ടമല്ലാത്തത് രാജാക്കന്മാരുടെ മനസ്സിൽ ദ്രോഹചിന്ത വന്നു കഴിഞ്ഞാൽ പ്രജാദ്രോഹം വന്നു കഴിഞ്ഞാൽ മഴ പോലും എന്നാണ് അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യൂ എന്നെ ഒരു പശുവായി സങ്കൽപ്പിച്ചുകൊണ്ട് എന്നിൽ വേണ്ടത് കറന്നെടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ രാജാവ് ഭൂമി ദേവിയെ പശുവായി സങ്കൽപ്പിച്ചുകൊണ്ട് അങ്ങനെ കറന്നെടുക്കുന്ന ഒരു ഭാഗം ഭാഗവതത്തിൽ നമുക്ക് കാണാം പതിനെട്ടാം അധ്യായത്തിൽ വത്സം കൽപ്പനേ വീരായ ോഹനം ചെയ്ത് വേണ്ടത് കറന്നെടുത്തുള്ളൂ ഇത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് നമ്മുടെ സംസ്കാരവും പാശ്ചാത്യ സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് പോഷണത്തിൻ്റെ സംസ്കാരമാണ് പാശ്ചാത്യ സംസ്കാരം എന്ന് പറയുന്നത് ചൂഷണത്തിൻ്റെ സംസ്കാരമാണ് അതാപ്പം നമ്മളിങ്ങനെ കടന്നു വരുന്നത് ഇതിലേക്ക് എന്താ പോഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ വേണ്ടത് അത് കിട്ടാൻ മറ്റൊന്നിനെ പോഷിപ്പിച്ചുകൊണ്ട് സ്വീകരിക്കുക ഇപ്പൊ പാല് ഉദാഹരണത്തിന് പാലിൻ്റെ കാര്യം എടുത്തു നോക്കും വേണം ഇപ്പൊ നമ്മുടെ പൂർവികന്മാര് ഒരു സംസ്കാരം നമുക്ക് പറഞ്ഞു തന്നത് പശുവിനെ ഒരു ദൈവീക സ്വഭാവമുള്ള മൃഗമായി വളർത്തിക്കൊണ്ട് അതിന് വെള്ളവും അതിന് ഭക്ഷണവും കൊടുത്ത് പുല്ലും കൊടുത്ത് വൈക്കോലും കൊടുത്ത് വേണ്ടതൊക്കെ കൊടുത്ത് അങ്ങനെ അത് പ്രസവിച്ചപ്പോ പ്രസവിച്ചതിന് ശേഷം ആദ്യം കുട്ടിയെ കൊണ്ട് കുടിപ്പിച്ച് അങ്ങനെ പാല് നമുക്ക് വേണ്ടത് കറന്നെടുത്ത് വീണ്ടും കുട്ടിയെ കൊണ്ട് കുടിപ്പിച്ച് ഒരു സംസ്കാരം അത് ഭാരതത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പറയാണ് പാശ്ചാത്യരെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നില്ല സംസ്കാരം പശുക്കുട്ടിക്ക് വേറെ പാല് ആ പശുവിൻ്റെ പാല് മുഴുവൻ നമുക്ക് അവകാശപ്പെട്ടത് അവരെ ഒരിക്കലും പശുവിൻ്റെ പാല് കുട്ടിക്ക് കൊടുക്കില്ല എന്നാണ് അവരാണ് ഈ മെഷീൻസൊക്കെ കണ്ടെത്തിയത് പശുവിനെ കറക്കാനൊക്കെ ഇപ്പം മെഷീനുകളാണ് അത് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഇപ്പൊ നോക്കൂ നമ്മളെ സംബന്ധിച്ച് കാലും ശക്തി പശുവിൻ്റെ സ്നേഹത്തിനുണ്ടെന്ന് മനസ്സിലാക്കിയവരായിരുന്നു നമ്മൾ പശു തൻ്റെ കുട്ടിയോട് സ്നേഹം കാണിക്കുമ്പോൾ ആ സ്നേഹത്തിലൂടെ ചുരത്തുന്ന പാലിൽ ഔഷധവീര്യമുണ്ടെന്നാണ് നമ്മുടെ ശരീരത്തിൽ വിഷവുമുണ്ട് നമ്മുടെ ശരീരത്തിൽ ഔഷധങ്ങളുമുണ്ട് എപ്പോ നമ്മുടെ മനസ്സ് വെറുപ്പോടുകൂടിയിട്ട് ഒരു കാര്യം ചെയ്യുന്നു നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ വെറുപ്പോടുകൂടി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം രോഗത്തിൽ ഇടവരുത്തും കാരണം അത് ദഹിക്കില്ല എന്നുള്ളതാണ് ആ ദഹനത്തിനെ അത് തെറ്റിക്കും എന്നുള്ളതാണ് എന്ന സ്നേഹത്തോടുകൂടിയിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചു നോക്കൂ ആ ഭക്ഷണം ദഹിച്ചിരിക്കുന്നതാണ് കാരണം നമ്മുടെ ശരീരത്തിൻ്റെ സിസ്റ്റം അങ്ങനെയാണ് പ്രകൃതി വെച്ചിരിക്കുന്നത് എല്ലാം മോഡിലേറ്റ് ചെയ്യുന്നത് എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് മൈൻഡാണ് മനസ്സാണ് നിങ്ങൾ അത്യന്തം കോപത്തോടുകൂടിയിട്ട് ഒരാളെ കടിച്ചു നോക്കൂ അത് മരിച്ചിരിക്കും ഒരു പക്ഷേ വിഷം ശരീരത്തിൽ നിന്ന് വമിക്കുന്നതാണ് അതുകൊണ്ടാണ് പാമ്പ് പേടിച്ചു കഴിഞ്ഞാൽ ക്രോധത്തോടുകൂടി നമ്മളെ കൊത്ത് കൊത്തുമ്പോഴേ വിഷം കയറുള്ളൂ സാധാരണ ഗതിയിൽ പാമ്പ് വിഷം കയറില്ല പാമ്പൊരു നോർമൽ തല സമയത്താണ് നമ്മൾ കൊത്തുന്നതെങ്കിൽ അങ്ങനെ വിഷം കയറില്ല അത് പേടി വന്നിട്ടാണ് നമ്മൾ കൊത്തുന്നതെങ്കിൽ ഭയത്തോടുകൂടിയിട്ടാണ് കൊത്തുന്നതെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കോപം കത്തി ആ കോപത്തോടുകൂടി കൊത്തുമ്പോൾ വിഷം ഒരു സെക്കൻഡ് കൊണ്ട് സ്പ്രെഡ് ചെയ്യും നമ്മുടെ ബോഡിയിലിരുന്നു ഇതൊക്കെ വളരെ റിസർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റുകൾ അപ്പോൾ സ്നേഹമുള്ള ഭാ നാം എന്ത് ചെയ്യുന്നതും എന്ത് സ്വീകരിക്കുന്നതും നമുക്കും പ്രകൃതിക്കും ആരോഗ്യമുണ്ടാക്കും വെറുപ്പോടുകൂടി വിദ്വേഷത്തോടുകൂടി മനസ്സില്ലായ്മയോടുകൂടി എന്ത് ചെയ്യുന്നതും രോഗങ്ങൾക്ക് ഇടവരുത്തുന്നവരെയാണ് പിന്നെ കുട്ടികൾക്കൊക്കെ രോഗം വരാൻ കാരണം നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ല ഭക്ഷണം കൊടുക്കുന്നത് അടിച്ചേൽപ്പിക്കുകയാണ് ആ സ്നേഹം ഉണ്ടാവണം പക്ഷത്തോട് പ്രീതി ഉണ്ടാവണം ഇഷ്ടം ഉണ്ടാവണം എന്ന് പറയണം ഇഷ്ടത്തോടുകൂടി വിഷം കഴിച്ചാൽ പോലും അത് ശരീരത്തിൽ ദഹിക്കുന്നതാണ് അതാണ് പ്രഹ്ലാദനിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെറുത്ത മനസ്സോടുകൂടി അമൃതു തന്നാൽ പോലും അത് വിഷമായി തീരുന്ന മനസ്സിലാവുണ്ടല്ലോ അപ്പോ ഇങ്ങനെ ഒരു പോഷണത്തിൻ്റെ രീതിയിൽ നമ്മളോട് ഈ ലോക ജീവിതം നയിക്കാൻ പറഞ്ഞവരാണ് പൂർവികന്മാർ ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കട്ടെ മനസ്സിന്റെ ഭാവനയ്ക്കനുസരിച്ചിട്ടാണ് ജീവിതം മുന്നോട്ട് പോവുക മനസ്സിൽ സ്നേഹമുണ്ടോ ജീവിതത്തിൽ സന്തോഷമുണ്ട് മനസ്സിൽ വെറുപ്പും മനസ്സിൽ മുരടിപ്പൊക്കെയാണോ ഉള്ളത് അലസതയാണോ ജീവിതത്തിൽ വെറുപ്പും മടുപ്പും ഉണ്ടായിരിക്കും ഇതൊക്കെ മനസ്സാണ് നിശ്ചയിക്കുന്നത് അതുകൊണ്ട് ആ മനസ്സിനെ പോഷിപ്പിക്കാൻ പറ്റിയ ഒന്നാണ് ഭക്തി എന്ന് പറയുന്നത് ഭഗവത് പ്രേമം എന്ന് പറയാണ് അങ്ങനെ ഭഗവത് പ്രേമത്തിലൂടെ ജീവിതത്തെ നയിക്കുമ്പോൾ മനസ്സിൽ ആരോടും ഒന്നിനോടും വെറുപ്പോ വിദ്വേഷമോ ഒന്നും ഉണ്ടാവില്ല നമുക്ക് ഇഷ്ടമില്ലാത്ത സാധനം തന്നാൽ പോലും സന്തോഷമായിട്ട് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും ഏതിലും നമുക്കൊരു പോസിറ്റീവ് ആസ്പെക്ട് കാണാൻ സാധിക്കുന്നവരെയാണ് അതല്ലേ ജീവിതത്തിൽ വേണ്ട ഏറ്റവും വലിയൊരു സമ്പത്ത് നോക്കൂ മൃഗങ്ങൾക്ക് മനസ്സുണ്ട് നമുക്ക് അറിയാൻ സാധിക്കും നിങ്ങൾ രാവിലെ തന്നെ പശുവിനെ കറക്കാൻ ഇപ്പം പിന്നെ എവിടെയും പശു ഉണ്ടാവില്ല പശു ഉള്ളൊരു സമയത്ത് പശുവിനെ അടിച്ചും പിടിച്ചുമൊക്കെ നിങ്ങൾ പശുവിനെ കറക്കാൻ പോയാൽ ആ പശു സമ്മതിക്കില്ലേ അത് അതാകെ ബഹളം വെച്ചുകൊണ്ടിരിക്കും സാധാരണ തരുന്ന പാലിൽ നിന്നും വളരെയധികം പാല് കുറവായിരിക്കും നേരെ വറച്ച് സ്നേഹത്തോടുകൂടിയിട്ട് നിങ്ങൾ ആ പശുവിനെ തലവയും തടവിയോടൊക്കെ സ്നേഹബന്ധമൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷേ പശു കൂടുതൽ കൂടുതൽ പാല് തന്നു വരും ആ മനസ്സ് സ്നേഹസമ്പന്നമായി തീർന്നാൽ പാല് അതിന് ചുരത്താൻ സാധിക്കുന്നുള്ള എന്നാൽ ഇന്ന് നമ്മൾ വാസ്തവത്തിൽ കറന്നെടുക്കുന്നത് പാലല്ല വിഷം തന്നെയാണ് ഇതറിയുന്ന ആ മൃഗത്തെ അതിക്രൂരമായിട്ടൊക്കെ എന്തൊക്കെയോ അതിനെ കൊടുത്തുകൊണ്ട് മെഷിനൊക്കെ വെച്ച് കറന്നെടുക്കണം പോട്ടെ ആ വിഷയത്തിലേക്ക് കടന്നാൽ നമ്മൾ പലതും കഴിക്കില്ല അതുകൊണ്ടതിലേക്ക് കിടക്കാതിരിക്കുക നല്ലത് അപ്പൊ സിദ്ധാന്തം മനസ്സിൽ സ്നേഹവും മനസ്സിൽ സന്തോഷവും ഉണ്ടോ ജീവിതം മുഴുവൻ സന്തോഷവും സ്നേഹവും നിറഞ്ഞതായിരിക്കും വെറുത്തോടുകൂടിയിട്ടൊന്നും സ്വീകരിക്കാതിരിക്കുക എന്നതാണിവിടെ പോഷണത്തിന്റെ സമ്പ്രദായം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ രാജാവും വേണ്ടതൊക്കെ കറന്നെടുത്തു പിന്നെ രാജാവ് യാഗം ചെയ്തു എന്നാണ് അങ്ങനെ പൃഥുവിന്റെ ജീവിതത്തിൽ നൂറ് അശ്വമേധ യാഗങ്ങൾ ചെയ്തുവെന്നും നൂറാമത്തെ അശ്വമേധയാഗം വന്ന് ഇന്ദ്രൻ മുടക്കിയെന്നും ആ ഇന്ദ്രൻ മൂന്ന് വട്ടം പശുക്കളെ കൊണ്ടുപോയപ്പം യാഗപ്പശുക്കളെ കൊണ്ടുപോയപ്പോ രണ്ടു വട്ടം തോൽപ്പിച്ച് കൊണ്ടുവന്നു മൂന്നാമത്തെ വട്ടവും യാഗപ്പശുവിനെ കൊണ്ടുപോയപ്പോ ഇന്ദ്രനോട് കുപിതനായ പൃഥുചക്രവർത്തി അസ്ത്രമെടുത്ത് ഇന്ദ്രനെ പിടിക്കാൻ പോവാണ് ആ സമയത്ത് സാക്ഷാൽ ഭഗവാൻ ആരായണമൂർത്തി ബ്രഹ്മാവ് സമേതമായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിനെ അനുഗ്രഹിക്കുകയാണ് പറയാണ് അങ്ങ് ഭക്തനാണല്ലോ എങ്ങനെയാണ് ഭക്തന്റെ ഉള്ളിൽ വിദ്വേഷം വന്നത് അതങ്ങ് വിവേകമില്ലാതെ ചിന്തിക്കുന്നത് കൊണ്ടല്ലേ അതുകൊണ്ട് വിദ്വേഷ മാറ്റിവെക്കൂ ഇന്ദ്രനോ വിവരക്കേട് കാണിക്കണം ഇതാണ് ഭക്തന്റെ മഹത്വം മറ്റുള്ളവർ വിവരക്കേട് കാണിക്കുമ്പോൾ ഭക്തൻ വിവരക്കേട് കാണിക്കരുതെന്നാണ് ഭക്തൻ അങ്ങനെ ആയിരിക്കണം എന്നാ അതുകൊണ്ട് അയാളോ വിവരക്കേട് കാണിക്കണം അങ്ങെന്തിന് വിവരക്കേട് കാണിക്കണം അങ്ങയ്ക്ക് സ്വർഗമാണോ മോഹം അതോ ഭക്തിയാണോ വേണ്ടത് ഭക്തി കിട്ടാനാണോ അങ്ങനൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു ഭഗവാനെ എനിക്ക് സ്വർഗമൊന്നും മോഹമല്ലേ പിന്നെ എന്തിനങ്ങ് നൂറാശ്ശമേത യാഗം ചെയ്യണം വിട്ടേക്കൂ ഇന്ദ്രൻ അഷ്ടമല്ലെങ്കിൽ വിട്ടേക്കൂ അങ്ങനൊരു കാര്യം ചെയ്യൂ സ്വന്തം പ്രവൃത്തിയാൽ എന്നെ പൂജിച്ചാൽ മതിയെന്ന് ഇവിടെ ഭഗവാൻ പൃഥുവിനെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് തന്നെ പൂജിക്കേണ്ടതെന്ന് ഭഗവാൻ പറയുന്ന ഒരു ഭാഗമുണ്ട് ഇരുപതാമത്തെ അധ്യായത്തിൽ ഒൻപതാമത്തെ ശ്ലോകം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം യസ്വധർമ്മേണ മാം നിത്യം നിരാശി ശ്രദ്ധയേശ മനോരാജൻ പ്രസീതീ യസ്വധർമ്മേണ മാം നിത്യം നിരാശ ശ്രദ്ധയാന്മിതാ ഭജതേ എന്നെ പൂജിക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ നിത്യം നാം എന്ത് ചെയ്യുന്നോ ആ പ്രവൃത്തിയിലൂടെ എന്നെ പൂജിക്കൂ എന്നാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത് പൃഥുവിന് അപ്പൊ അങ്ങ് ഭാര്യയെ നോക്കുന്നതും മക്കളെ നോക്കുന്നതും രാജ്യം പരിപാലിക്കുന്നതും ഇത് തന്നെ ഈശ്വര പൂജയാക്കി എടുക്കൂ എന്നാണ് നോക്കൂ നമ്മുടെയൊക്കെ ശാസ്ത്രം പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക അമ്പലത്തിൽ പോയി വിഗ്രഹത്തിൽ നമ്മൾ പുഷ്പങ്ങൾ അർപ്പിക്കുന്നതും വീട്ടിൽ വച്ച് ഫോട്ടോയിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്നതൊക്കെ പൂജയുടെ ഒരു ആദ്യ പാഠം മാത്രമേ ഭഗവാൻ പലർക്കും ഉപദേശിക്കുമ്പോൾ പറയുക നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മം തന്നെ പൂജയാക്കൂ എന്ന് ഗീത കഴിഞ്ഞാൽ ഇതേ കാര്യം നിങ്ങൾക്ക് കാണാം പതിനെട്ടാം അധ്യായത്തിൽ ഭഗവാൻ പറയും അർജുന എങ്ങനെയാണ് എന്നെ പൂജിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പറയും അവിടെ പറഞ്ഞു കൊടുക്കും ഭഗവാൻ എങ്ങനെയാണ് എന്നെ പൂജിക്കേണ്ടത് എന്നെ പൂജിക്കേണ്ടത് സ്വകർമ്മണാത്ത മദ്യച്ച സിദ്ധിം വിന്ദതിമാനവ സ്വന്തം കർമ്മത്താൽ എന്നെ പൂജിക്കൂ എന്നുള്ളതാണ് അപ്പൊ കർമ്മം തന്നെ പൂജയാക്കുക എന്ന് വെച്ചാൽ എന്താർത്ഥം എന്ത് ചെയ്യുന്നതും സന്തോഷമായിട്ട് സ്നേഹത്തോടുകൂടി ചെയ്യുക വെറുത്ത മനസ്സോടുകൂടി ചെയ്യാതിരിക്കുക പാത്രം കഴുകുന്നതും ചൂലെടുത്തടിച്ചു വരുന്നതും അതുപോലെ എന്തൊക്കെ നമ്മൾ സാമൂഹ്യതൊന്നിപ്പം ഞങ്ങൾ ചെയ്യാറില്ല ഇതൊക്കെ മിഷനാ ചെയ്യുന്നത് ശരി ചെയ്യുന്ന ചില പണിയുണ്ടല്ലോ അതൊക്കെ നമ്മൾ സന്തോഷമായിട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അടുക്കളയിലേക്ക് കയറുമ്പോഴും സന്തോഷം എന്ത് ചെയ്യുമ്പോഴും സന്തോഷം അങ്ങനെ മനസ്സിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് തന്നെ ഭഗവത് പൂജയെ തീർന്നു പ്രിയ മനസ്സിലാവുണ്ടല്ലോ അതാണ് വാസ്തവത്തിൽ ഈശ്വര പൂജ എന്ന് അവിടെ പറഞ്ഞു കൊടുക്കുക സ്വതന്മേണ മാംനിത്യം ശ്രദ്ധയാന്വത ഭജതി ശ്രദ്ധയോടുകൂടി ഭജിക്കൂ അങ്ങയ്ക്ക് മനോരാജൻ പ്രസീതത്തി അങ്ങയുടെ മനസ്സിൽ എപ്പോഴും സന്തോഷമുണ്ടാവും രാജൻ ആനന്ദമുണ്ടായിരിക്കും പിന്നെ അങ്ങയ്ക്ക് വേറൊരു യാഗമോ ഹോമമൊന്നും ചെയ്യണമെന്നുണ്ടാവില്ല എന്ന് പറയാണ് എപ്രകാരം പറഞ്ഞു കൊടുത്തിട്ട് ഭഗവാൻ ചോദിച്ചു അങ്ങയ്ക്ക് എന്ത് വരമാണ് ഇനി വേണ്ടത് എന്ന് നോക്കൂ ഭഗവാൻ അവതാര രൂപമാണ് പ്രഭു ഇപ്പോഴിതാ ഭഗവാൻ ശങ്കുചക്ര കഥാധാരിയറ്റി മുന്നിൽ നിൽക്കുന്നു ആ ഭഗവാനാണ് വരം ചോദിക്കുന്നത് ഇത് കേട്ടപ്പോ ആ രാജാവ് ചോദിക്കുന്ന ഒരു വരമുണ്ട് ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഭഗവാനെ എനിക്ക് വരം തരികയാണെങ്കിൽ യിരം കർമ്മങ്ങളുടെ ശക്തി തന്നെ അനുഗ്രഹിച്ചാൽ മതി എന്നാണ് ആയിരം കർണങ്ങളുടെ ശക്തി എന്ന് വെച്ചാൽ എന്താ ഭഗവാനെ എന്താണ് പ്രതു അർത്ഥമാക്കുന്നത് എത്രയെത്ര കേട്ടാലും എനിക്ക് മതി വരരുത് അത്രമാത്രം എന്റെ മനസ്സിന് ഇനിയും കേൾക്കാനുള്ള ശക്തി തരൂ മതി എന്ന് പറയരുത് എന്റെ മനസ്സ് നല്ലത് കേട്ട് നല്ലത് ഉൾക്കൊണ്ടുകൊണ്ട് എന്റെ ജീവിതത്തെ നന്മയിലേക്ക് തിരിക്കാനുള്ള കരുത്തും വിവേകവും ഉണ്ടാവാൻ എന്റെ ചെവികൾക്ക് ശക്തി തരൂ ഭഗവാനേനാണ് കുറെ കഴിഞ്ഞ ചെവികൾക്ക് മടുപ്പ് വരും എന്താ കേട്ടത് എന്നെ കേട്ട് ഇനിയിപ്പോ ഇത്ര കേൾക്കാനുള്ളത് ഏയ് അത്രയൊന്നും കേൾക്കാനില്ലേ നമ്മളോ ഇങ്ങനെ ഇനിയിപ്പോ കേട്ടിട്ട് കാര്യം അങ്ങനെ തന്നെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും നമ്മളെ മാറ്റാൻ പറ്റില്ല നേരെ നമ്മൾ ചെവികളോട് പറയാ കേൾക്ക് നീ കുറച്ച് കാലം കുറച്ച് നീ ഇരുന്ന് കേൾക്ക് എന്നാലേ നീ നേരെയുള്ളൂ അങ്ങനെ ഇവിടെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ചെവികൾ കേൾക്കുമ്പോഴെങ്കിലും മനസ്സ് പറയും ശരിയാട്ടോ കേട്ട് തന്നെ ശരി പിന്നെ നമ്മളിങ്ങനെ പഴയ രീതിയിലൊക്കെ ജീവിക്കുന്നതുകൊണ്ടാണ് ഈ കുഴപ്പമൊക്കെ വരുന്നത് അതുകൊണ്ട് നന്നായിട്ടൊന്ന് കേൾക്കണമെന്ന് അങ്ങനെ മനസ്സിനെ ആ കേട്ട് കേട്ട് കേട്ട് കേട്ട് കേട്ട് ഉറപ്പിച്ചു രാജൻ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം തീർച്ചയായിട്ടും നമുക്ക് കൈവരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടെ നിന്നും പോന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ സലൽ കുമാരാദി മഹർഷിമാരൊരിക്കൽ അവിടെ വെച്ചിട്ട് അവരും ഉപദേശം കൊടുക്കാൻ എന്താ ഉപദേശം ശാസ്ത്രീഷിയ്ചിതോ ക്ഷേമ ബ്രഹ്മണി നിർഗുണേച്ച ശാസ്ത്രീയമായി ആത്മീയമായ കാര്യങ്ങൾ പഠിക്കുരാച്ചൻ കേവലം കേട്ടിട്ടോ കേവലം അതുപോലെ കുറെ അഭ്യാസങ്ങൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ കുറെ ആരാധനകൾ നമ്മള് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ അനുകരിച്ചുകൊണ്ടോ ആവരുത് നമ്മുടെ ജീവിതം ഈ ഹിന്ദുമതത്തിന് പറ്റുന്ന ഒരു ദൂഷ്യം എന്താ വെച്ചാൽ അതെല്ലാ മതങ്ങൾക്കുള്ളാണ് എല്ലാം ഒരു യാന്ത്രികമായി തീരും ആ മറ്റുള്ളവര് ചെയ്യുന്നതിനെ അങ്ങനെ തന്നെ നമ്മൾ അനുകരിച്ചു പോവും ഒരിക്കൽ ഗുരുവായൂരമ്പലത്തില് അവിടെ നിന്നൊരാളിങ്ങനെ തോതുകൊണ്ടിരിക്കുകയാണ് കൽവിളക്കിന്റെ അടുത്ത് നിന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം ഉള്ളിലേക്ക് കയറിയില്ല അങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം നോക്കുമ്പോൾ ഈ മഴക്കാലം ഒരു പാറ്റ വന്ന് ഈ വിളക്കിൽ വീണ് പോയി അപ്പൊ പാറ്റ ചാവണ്ടാന്ന് വിചാരിച്ചിട്ട് വീകൽ ദേഹം വാറ്റെടുത്തിട്ട് പുറത്തേക്ക് കിട്ടും എന്നിട്ട് കയ്യിൽ പറ്റിയ എണ്ണ ഇങ്ങനെ തലയിൽ ഇങ്ങനെ തയ്ച്ചു എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പുറകിൽ നിൽക്കുന്ന ആൾ വിചാരിച്ചു ഇതാണ് എങ്ങനെയാണ് ഇവിടെ തുഴേണ്ടതെന്ന് അദ്ദേഹം രണ്ടുപേരിലും ആ വിളക്കിൽ മുക്കിക്കൊണ്ട് അയാളിങ്ങനെ തുടച്ചു അതാണെന്ന് വെച്ചാൽ ശബരിമല സീസൺ കുറെ തമിഴന്മാരെ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അവരിതിങ്ങനെ പുറകുന്നു കാണുകയാണ് ഇയാൾ ചെയ്യുന്നത് പിന്നെ വരുന്നവർ വരുന്ന ഒരു കൈ അങ്ങോട്ട് മുക്കണോ തല അങ്ങോട്ട് തുടയ്ക്കണോ എന്നിട്ട് ഗുരുവായെപ്പറ്റി വിളിക്കണോ ആ ദേവസ്വം ജീവനക്കാരനെ എണ്ണ ഒഴിക്കാനേ പിന്നെ സമയമുള്ളൂ എല്ലാവരും കൈ മുക്കുക എന്താ കാരണം മുന്നിൽ നിൽക്കുന്നോ ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യണം ഇതാണ് ഭക്തിയുടെ പ്രത്യേകത ആളുകൾ ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതെന്നെ അനുകരിക്കുന്ന ഫ്രിയാണ് അങ്ങനെ നമ്മൾ അനുകരിക്കുന്നവരായി തീരരുത് അനുകരണം വേണം നല്ലത് പക്ഷെ സ്വയം ചോദിക്കുക എന്താ ചോദിക്കേണ്ടത് നമ്മൾ ഇങ്ങനെ അനുകരിച്ചതുകൊണ്ട് മാത്രം എന്റെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും എപ്പോഴും എപ്പോഴും അനുഭവിക്കാൻ എനിക്ക് സാധിക്കുമോന്ന് അങ്ങനെ രാജാവ് വഴി പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു അതിനെന്ത് വേണം അതിനൊറ്റ മാർഗമേ ഉള്ളൂ സാ ശ്രദ്ധയാൽ ജിജ്ഞാസയാധ്യാത്മയോഗനിഷ്ഠയാ യോഗേശ്വരോപാസനയാ ചിത്യം പുണ്യശവ കഥയാണിയാച്ച ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂട്ടി രാജൻ കേൾക്കൂ സൽസ സത്സംഗങ്ങൾക്ക് പോകൂ സപ്താഹങ്ങൾക്ക് പോവൂ ഇതെല്ലാം കേൾക്കുമ്പോഴാണ് മനസ്സിലാക്കുക എന്താണ് ശരിക്കും ആത്മീയമായൊരു ജീവിതം എങ്ങനെയൊക്കെയാണ് നമ്മൾ അമ്പലത്തിൽ പോകേണ്ടത് എന്താണ് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി പ്രഹ്ലാദന്റെ കഥയിലേക്ക് കടക്കുമോ പ്രഹ്ലാദൻ പറയും ഒരു ഭക്തൻ എന്താണ് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടതെന്ന് അഞ്ചു വയസ്സുള്ള കുട്ടി നമുക്ക് പറഞ്ഞു അതിനൊക്കെ അത് കേൾക്കണമെന്ന് പറയാൻ അപ്പോഴേത് മനസ്സിലാവുള്ളൂ എപ്രകാരം പറഞ്ഞ് അവരെ അവർ ഭഗവാ അനുഗ്രഹിച്ചു കൊണ്ടുപോയി എന്നാണ് ആ രാജാവാണെങ്കിലോ രാജ്യം ഭരിച്ചു എങ്ങനെ ഫലം ബ്രഹ്മണുവിന്യസ്യ സമാഹിതാം കർമാധ്യക്ഷമന്യാന ആത്മാനം പ്രകൃതിപരം ഗൃഹേഷു വർത്തമാനോവി സാമ്രാജശ ശ്രീ അന്മതജേന്ദ്രിയാർത്തോ നിരഹം മതി അർക്കവത് ഒരു സൂര്യനെ പോലെ തൻ്റെ ജീവിതം കൊണ്ടു നടന്നോണം എന്നാ സൂര്യന്റെ പ്രത്യേകത എല്ലാവരെയും ഊർജം കൊണ്ട് ഉണർത്തുമ്പോഴും എല്ലാം ഊർജവത്താക്കുമ്പോഴും ഒന്നിനോടും ഇടപഴകളിലില്ലാതെ വിട്ടു നിൽക്കാനുള്ള കഴിവുള്ള ശക്തി സൂര്യൻ നദ്രിയൻ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സ്വയം ഉത്സാഹവും ഉണർവും കൊണ്ട് ജീവിക്കുകയും വേണം മറ്റുള്ളവർക്ക് ഉത്സാഹം കൊടുക്കുകയും വേണം മനസ്സുകൊണ്ട് ഭഗവത് പ്രേമത്തിലൂന്നി ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് മക്കളോ മക്കൾക്ക് അച്ഛനോ അമ്മയോ ഒന്നും ഭാരമായി നമ്മൾ ആർക്കും ആർക്കും ഭാരമായി ബന്ധങ്ങൾ ഉണ്ടാവാം ബന്ധനങ്ങൾ ഉണ്ടാവില്ല അവരെയാണ് ബന്ധം ബന്ധനമായി തീരുന്നത് അതൊക്കെ സത്യമാണെന്ന് അങ്ങോട്ട് ഉറപ്പിക്കുകയാണ് ജനിക്കുന്ന സമയത്ത് ഒറ്റയ്ക്കാണെന്നും മരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്കാണെന്നൊക്കെ ഉള്ള പരമാർത്ഥം മനസ്സങ്ങോട്ട് മറന്നു പോവും നിശ്ചയിക്കും കൂടെ ഭർത്താവുണ്ട് മക്കളുണ്ട് ഇതൊക്കെ എന്നും എന്നും എന്നും നിലനിൽക്കണേ ഈശ്വര എന്ന കണ്ട മനസ്സുകൊണ്ട് ആയതൊരിക്കലും പോസിബിൾ ആയിട്ടില്ലേ ലോകത്തിൽ പിന്നെ പോസിബിൾ ആക്കാൻ പറ്റുന്നതൊന്നേയുള്ളൂ ഈ മനസ്സിനെ ഈശ്വര ശക്തിയിലേക്ക് ഉണർത്തുക എന്നുള്ളത് കാരണം ഈശ്വര സാന്നിധ്യം കൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഇവിടെ വെച്ച് പോസിബിളാണ് സാധ്യമായതാണ് സാധിക്കുന്നതാണ് അത് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ബന്ധങ്ങളിലൂടെ ബന്ധനമില്ലാതെ സൂര്യനെ പോലെ ജീവിക്കാം സൂര്യന് ബന്ധങ്ങളുണ്ട് ബന്ധനങ്ങളില്ല പറയണം ഓരോ ഇലയിലും തൻ്റെ ഊർജം കൊണ്ട് തന്റെ പ്രകാശകരണങ്ങളെ കൊണ്ട് ഒരു ഫോട്ടോ ഒരു പ്രക്രിയ നടക്കുമ്പോൾ അവരുണരുന്നു അവരിൽ ഊർജമുണ്ടാവുന്നു അന്നമുണ്ടാവുന്നു അവർ പോഷിക്കപ്പെടുന്നു സൂര് സൂര്യൻ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല സൂര്യൻ അസ്തമിക്കുന്നു പ്രിയാണ് കടന്നു ഇങ്ങനെ ഉദിച്ച് എല്ലാവരെയും ഉണർത്തി കടന്നു പോവാൻ സാധിക്കുമ്പോ സാധിക്കുന്ന ഒരു ശക്തി സ്രോതസ്സിനെ പോലെ നമുക്കും ഈ ലോകത്തിൽ സ്വയം ഉണർന്ന് മറ്റുള്ളവർക്ക് ഉണർവ് കൊടുത്തുകൊണ്ട് കടന്നു പോവാൻ സാധിച്ചു കഴിഞ്ഞാൽ ജീവിതം ആനന്ദ ഉത്സവമാക്കി മാറ്റാമെന്ന് പ്രതു കണ്ടെത്തിയവരെയാണ് അതാണ് നമ്മളും ഈ കഥകളിലൂടെയൊക്കെ പഠിക്കേണ്ടത് പ്രദുവിനെ പോലെ ജീവിക്കാനുള്ള പ്രചോദനം നമുക്ക് കൈക്കൊണ്ടു കഴിഞ്ഞാൽ അത് ജീവിതം എന്ന് പറയുകയാണ് അതിനുശേഷം പിന്നീട് പ്രധുവിന്റെ വംശാവലിയിൽ അദ്ദേഹത്തിന്റെ പുത്രൻ വിജുതാശ്വൻ രാജഭാരം ഏറ്റെടുത്തു പിന്നീട് ആ വംശാവലിയിൽ പിന്നീട് അടുത്ത രാജാവായിട്ട് വന്നത് പ്രാചീന ബർഹിസ് എന്ന് പറയുന്ന ബർഹിഷ്മത്ത് എന്ന് പറയുന്ന രാജാവാണ് ഈ ബർഹീഷ്മത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പത്ത് പുത്രന്മാരായിരുന്നു അവരായിരുന്നു പ്രജേതസുകൾ എന്ന പേരിൽ പ്രസിദ്ധന്മാരായി തീർന്നത് ഈ പ്രജേതസുകൾ എന്ന് പറയുന്ന കുട്ടികൾ തപസ്സിന് വേണ്ടി അവർ പടിഞ്ഞാറ് ദിക്കുനോക്കി നടന്നു പോയി അവിടെ വെച്ച് അദ്ദേഹം ഒരു വലിയ അവർ വലിയൊരു തടാകത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് തങ്ങളുടെ തപസ്സ് ചെയ്യാൻ നിശ്ചയിച്ചപ്പോ അവരുടെ തപസ്സിൽ പ്രീതനായി പ്രീതനായിട്ട് അവിടേക്ക് വരുന്നു രുദ്രഭഗവാൻ അവിടെ വച്ച് അവർക്ക് ഉപദേശിക്കുന്ന ഭാഗമാണ് രുദ്രഗീതം എന്ന് പറയുന്ന ഇരുപത്തിനാലാം അധ്യായത്തിലെ അതിമനോഹരമായ ഒരു സ്തുതി ഭഗവാൻ രുദ്രൻ പറഞ്ഞു കൊടുക്കുന്ന സ്തുതി ഭഗവാൻ വാസുദേവിനെക്കുറിച്ചുള്ള സ്തുതിയാണ് തന്നെക്കുറിച്ചുള്ള സ്തുതിയല്ല നിങ്ങൾ ഗുരുവായൂരിൻ്റെയൊക്കെ ചരിത്രം കേട്ടിട്ടുണ്ടെങ്കിൽ ഗുരുവായൂരമ്പലത്തിലുള്ള അടുത്തുള്ള കുളത്തെ രുദ്ര തീർത്ഥമെന്നൊക്കെയാണ് വിളിക്കുക അവിടെ വെച്ചിട്ടാണ് പ്രജേതസുകൾ തപസ് ചെയ്തു പറയും ഏതായാലും ഇവിടെ പറയുന്നു പ്രജേതസുകൾ ഒരു തടാകത്തിൽ ഇറങ്ങി നിന്ന് തപസ് എന്ന് പിന്നീട് ആ തപസ്സിൽ പ്രീതനായിട്ട് സാക്ഷാൽ ഭഗവാൻ പ്രത്യക്ഷനായെന്നുള്ള കഥകളൊക്കെ വീണ്ടും വരും അവർക്ക് പുത്രൻ അവർ മരീഷ എന്ന് പറയുന്ന വൃക്ഷങ്ങളുടെ പുത്ര വിവാഹം അതിൽ ഡച്ചൻ പുനരവതരിച്ചു പിന്നീട് കഥ പറയുന്നത് ഏതായാലും ആറാമത്തെ സ്കന്ധത്തിൽ വീണ്ടും ആ കഥ വരുന്നത് ഇവിടെ വെച്ച് നമ്മളെ ഉപസംഹരിപ്പിക്കുകയാണ് പിന്നീട് ഈ ബർഹിസ്മത്തിന്റെ കഥയിലേക്കാണ് കിടക്കുന്നത് ബർഹിസ്മത്തിന്റെ പേര് മറ്റൊരു പേര് പ്രാചീന ബർഹിസ്നായിരുന്നു പ്രാചീനം എന്ന് പറഞ്ഞ കിഴക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ ബർഹിഷ് എന്നാണ് ദർഭപ്പുല്ലെന്നാണ് അപ്പൊ ദർഭപ്പുല്ലിനെ എപ്പോഴും കിഴക്കോട്ട് മുഖമാക്കി വെച്ചവൻ ആരോ അവൻ പ്രാചീനം പ്രഹിസ് എന്ന് വെച്ചാൽ എന്താർത്ഥം രാജാക്കന്മാര് യാഗ ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ദർപ്പുല്ല് കിഴക്കോട്ട് മുഖമാക്കി വെക്കണം അപ്പൊ ദർപ്പുല്ല് കിഴക്കോട്ട് മുഖാക്കി വെച്ച് കഴിഞ്ഞാൽ അവൻ ദീക്ഷയിലാണെന്ന് മനസ്സിലാക്കണം നിങ്ങൾ രാമായണം ഭാരതം വായിക്കുമ്പോൾ അവിടെ ഈ കഥ പറയും പരശുരാമസ്വാമി ഇരുപത്തൊന്ന് വട്ടം ക്ഷത്രിയന്മാരെ കൊല്ലാൻ നിശ്ചയിച്ചു അതില് രണ്ട് ക്ഷത്രിയന്മാരെ സ്വതന്ത്രരാക്കി ഒന്ന് കല്യാണം കഴിച്ച അതേ ദിവസം കഴിയാത്ത ക്ഷത്രിയന്മാര് കാരണം കല്യാണം കഴിച്ച ഉടനെ പാവം കൊല്ലുന്നത് ശരിയല്ലേ രണ്ടാമത്തെ യാഗവീഴ്ച സ്വീകരിച്ചിരിക്കുന്ന ക്ഷത്രിയന്മാര് അപ്പൊ ഇത് മനസ്സിലാക്കി എപ്പോ പരശുരാമസ്വാമി ആ വഴിക്ക് വരുമെന്ന് മനസ്സിലാക്കിയോ ആ സമയത്ത് രാജാക്കന്മാര് ദർപ്പുള്ളിലൊക്കെ കേൾക്കോട്ട് വയ്ക്കും പരശുരാമസ്വാമി വരുമ്പോൾ ചോദിക്കും എവിടെയാണ് വേണമെന്നൊക്കെ പറഞ്ഞ് അലറിക്കൊണ്ട് അലറിക്കൊണ്ട് അട്ടഹസിച്ചു കൊണ്ട് വരുമ്പോൾ പറയും ൊണ്ട് ഞാനിപ്പോ യാഗ ദീക്ഷയല്ല കണ്ടില്ലേ ധർമ്മപൂരിൽ കിഴക്കോട്ട് എന്ന് ചിലർ ഭഗവാനെ ഇന്നലെ കല്യാണം കഴിഞ്ഞതെന്ന് അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോഴും നീ കല്യാണം കഴിച്ചു എന്നല്ലേ പറഞ്ഞത് ഞാൻ അവിടെ വീണ്ടും കല്യാണം കഴിച്ചു എന്ന് അങ്ങനെയൊക്കെ തൽക്കാലം എത്രയോ രാജാക്കന്മാര് ഈ ഭഗവാന്റെ പിടിയിൽ നിർഷപ്പെട്ടിട്ടുണ്ട് ഈ പ്രാചീന ബർഹിസ് പണ്ട് എന്നും യാഗം ചെയ്ത രാജാവാണ് പണ്ട് യാഗത്തിന് ആടിന്റെ അല്പം മാംസം വേണം അതിന് ആടിനെ കൊല്ലുന്നൊരു പ്രക്രിയയുണ്ട് വളരെ ഭീകരമാണ് അതിൻ്റെ ഓരോ ഇന്ദ്രിയങ്ങളും മൂക്കടയ്ക്കും വായകെട്ടും ചെവിപ്പൊത്തും അങ്ങനെ ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും അടച്ചുകൊണ്ട് അതിൻ്റെ മലദ്വാരത്തിലൂടെ പ്രാണനെ വിട്ട് അങ്ങനെ കൊല്ലുന്നൊരു പ്രക്രിയ ഉണ്ടായിരുന്നു അത്രയും പഴയ പ്രാചീന കാലഘട്ടത്തിൽ ഈ ഭാരതത്തിൽ അങ്ങനെയൊക്കെയുള്ള നീചകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആളുകൾ എന്നിട്ട് അതിൻ്റെ അല്പമാംസം ഹോമത്തിനുപയോഗിക്കും അങ്ങനെ കുറേ ആടുകളെയൊക്കെ കൊന്ന് ഇയാൾ ഒരുപാട് ഒരുപാട് യാഗം ചെയ്തിട്ടുണ്ട് എന്നിട്ടോ ഇതൊക്കെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത് അദ്ദേഹത്തിന് ഇല്ലാതെയായി പോയത് സമാധാനമാണ് അങ്ങനെ ദുഃഖിതനായി അസ്വസ്ഥനായി ഒരു ദിവസം കൊട്ടാരത്തിലിങ്ങനെ ഇരിക്കുമ്പോണ്ട് അങ്ങോട്ട് കടന്നു വരുന്നു നാരദമഹർഷി കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ കുറേ ആകുമൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ മനസ്സമാധാനം മാത്രമല്ല അങ്ങ് നാരദമഹർഷി കളിയാക്കിക്കൊണ്ടുവന്നു എങ്ങനെയാ എങ്ങനെയൊക്കെ സമാധാനം ഉണ്ടാവുക ഇവിടുന്ന് ഉണ്ടാവാൻ പോകില്ല ഇനി ഇവിടുന്ന് ഒട്ടും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് വെച്ചാൽ അങ് കൊന്നൊടുക്കിയിട്ടുള്ള മൃഗങ്ങളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുക മുകളിൽ എന്തിനാണ് നാരദമാഷേ കുത്തി കുത്തി അങ്ങയെ കൊല്ലാനായിട്ട് വെറുതെ വിടില്ല യാഗം ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ ശരിയാക്കുന്നതാണ് അപ്പൊ ഇവിടെ നിന്ന് കഴിക്കുന്ന അതൊക്കെ അവിടെ കാത്തിരിക്കുന്നതാണ് അതുകൊണ്ട് നോണൊക്കെ കഴിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക അങ്ങനെയൊന്നും നമ്മളെ വെറുതെ വിടില്ല എന്നാണ് എല്ലാവരും അവിടെ കാത്തിരിക്കുന്നുണ്ട് അതൊക്കെ നമ്മളെ ശരിയാക്കുന്നതാണ് ഇത് കേട്ടപ്പോ പേടിച്ചു പോയി ദേഹം അല്ല ഈ മൃഗങ്ങളൊക്കെ അവിടെ കാത്തിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ മൃഗങ്ങളൊക്കെ നമ്മളെ കൊല്ലും അതൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞില്ലേ കൊമ്പൊക്കെ ഇവിടെ വീണ് പോയില്ലേ സൂക്ഷ്മമായിട്ട് അവരൊക്കെ അവിടെ കാത്തിരിക്കുന്നത് മൃഗങ്ങളൊക്കെയാണ് ഇത് കേട്ടപ്പോ പേടി രാജാവിന് ഇതൊന്ന് രക്ഷപ്പെടാൻ വല്ല എന്ന് ചോദിച്ചു ഉണ്ടൊരു മാർഗം എന്ന് മറഷേ ഒന്നെനിക്ക് പറഞ്ഞു തരുമെന്ന് അങ്ങനെ അതൊന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായിട്ടാണ് പുരഞ്ചൊഴുപാഖ്യാനം എന്ന് പറയുന്ന കഥ പറഞ്ഞു കൊടുക്കുന്നത് വളരെ രസകരമായൊരു കഥയാണ് ഞാൻ അല്പസമയത്തിനുള്ളിൽ പറഞ്ഞു പ്രസമ്മതിപ്പിക്കുക മഴയതുകൊണ്ട് വേഗം നിർത്താൻ നമുക്ക് പറയുകയാണ് ഒരിക്കൽ പുരഞ്ജനൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള രാജാവുണ്ടായിരുന്നു പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു രാജാവൻ ഇദ്ദേഹത്തിന് അവിജ്ഞാതനായൊരു സുഹൃത്തുണ്ടായിരുന്നു അവിജ്ഞാത സുഹൃത്ത് എന്ന് പറഞ്ഞാൽ തന്റെ സുഹൃത്ത് ആരാണെന്ന് അറിയില്ല അദ്ദേഹത്തിന് പക്ഷേ സുഹൃത്തിനറിയാൻ ഇയാൾ ആരാണെന്നുള്ളത് അങ്ങനെ ഒരു സുഹൃത്ത് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് അങ്ങനെ ഈ ചെറുപ്പക്കാരനായ രാജാവിനൊരു മോഹം എവിടെയെങ്കിലും ഒരു നല്ല കൊട്ടാരം കിട്ടണം അതിപ്പം നമ്മളിപ്പോൾ നിങ്ങൾ എറണാകുളത്തുകാരല്ലാത്തവരി ഇവിടെ വന്ന് നോക്കുമ്പോൾ എവിടെയപ്പോൾ നല്ലൊരു വീട് കിട്ടുക ആദ്യം വിചാരിക്കൊരു ഫ്ലാറ്റ് കിട്ടിയാൽ എന്നറിയാൻ സിംഗിൾ റൂം ഫ്ലാറ്റ് എവിടെയൊക്കെ കിട്ടുക എന്ന് അന്വേഷിക്കും അത് കഴിഞ്ഞ് കുറച്ചും കൂടി പണമൊക്കെ ഡബിൾ റൂം ഫ്ലാറ്റ് എവിടെയാണ് കിട്ടുക എന്ന് കുറച്ചും കൂടി തോന്നും നമുക്കൊരു സ്വന്തമായിട്ടുള്ള വീട് എവിടെയാണ് കിട്ടുക എന്നുള്ളത് അങ്ങനെയൊക്കെ പിന്നെ കഴിഞ്ഞാൽ നമുക്ക് തോന്നും മുകളിലും കൂടി റൂമുള്ള വീട് എവിടെയൊക്കെ കിട്ടുക എന്നാൽ വീട്ടിൽ താഴെ എപ്പോഴും ഒരാളുണ്ടാവുമല്ലോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാറുണ്ട് ഇതുപോലെ ഈ പ്രാചീന ബർഹീസനും തോന്നി എനിക്ക് വലിയൊരു കൊട്ടാരം വേണം ഒൻപത് ഗോതുരങ്ങളുള്ള കൊട്ടാരം വേണമെന്ന് ആ അന്വേഷണത്തിൽ ഇറങ്ങി പുറപ്പെട്ട് പല ദേശങ്ങളും പോയി എന്നാണ് ഒരുപക്ഷെ അമേരിക്കയിലെനിക്ക് ആദ്യം പോയിട്ടാകുക കാരണം അവിടെയാണല്ലോ ഇപ്പോൾ എന്താണ് സ്വർഗം എന്ന് പറയുന്നത് മകൻ അമേരിക്കയിലാണെന്ന് പറയുമ്പോൾ നമുക്ക് ഫീലിംഗ് ഉണ്ട് ഓ സ്വർഗത്തിലെത്തിയതുപോലെയാണ് അതുപോലെ അദ്ദേഹത്തിനൊരു തോന്നൽ എന്നാൽ അങ്ങനെയാവട്ടെ അങ്ങനെ അവിടെയൊക്കെ പോയി സിംഗപ്പൂര് ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിലൊക്കെ കറങ്ങി കറങ്ങി കറങ്ങി അവിടെ ഒന്നും ഉദ്ദേശിച്ചതുപോലെ കിട്ടിയില്ല അവസാനം എത്തിച്ചേർന്നു ഭാരതത്തിൽ എന്ന് പറയാണ് ഹിമാലയത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഈ ഭാഗത്തേക്ക് എത്തിച്ചേർന്ന് ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ അതാ മനസ്സിൽ സ്വപ്നം ഒരു കൊട്ടാരം ഒൻപത് ഗോപുരങ്ങളുള്ള കൊട്ടാരം കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു വേഗ ഉള്ളിലേക്ക് കയറി മനോഹരമായ ഉദ്യാനം ഓ അത് വളരെ മനോഹരം മനസ്സിനെ ആകർഷിച്ചു ഒന്നുകൂടി അടുത്ത് ചെന്നപ്പോൾ കൊട്ടാരത്തിന് കാവൽ നിൽക്കുന്നു പതിനൊന്ന് ഭടന്മാര് വളരെ സന്തോഷമായി ഫ്രീ സെക്യൂരിറ്റി ഉണ്ട് അവരോട് ചോദിച്ചു നിങ്ങൾ ആർക്കാ സെക്യൂരിറ്റി നിങ്ങൾ ആർക്കാ സുരക്ഷിതം കൊടുക്കണത് പറഞ്ഞു ഇവിടെ ഒരു രാജ്ഞി ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പൊ വളരെ സന്തോഷമായി ഇനിയിപ്പോ ഇവിടെയാവാം താമസമൊക്കെ എന്ന് അങ്ങനെ അങ്ങോട്ട് ചെന്നു അവളുണ്ടാ ഉമറപ്പടിയിൽ അങ്ങനെ നിൽക്കണോ രാജാവ് കണ്ടു അവളും കണ്ടു പരസ്പരം വന്നു കണ്ടു കീഴടങ്ങി പരസ്പരം വന്നവർക്കും ഇഷ്ടപ്പെട്ടു രാജാവ് ചോദിച്ചു നിന്റെ അച്ഛൻ ആരാണ് അമ്മയാരാണ് വീട് ഏതാണ് തറവാട് ഏതാണ് എന്തൊക്കെ ചോദിച്ചു അവള് പറഞ്ഞു വേണ്ടാത്ത ചോദ്യമൊന്നും ചോദിക്കേണ്ട അങ്ങേക്കിഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടം ഇവിടെ അങ്ങോട്ട് കൂടിക്കോളൂ അങ്ങനെ അവർ തമ്മിൽ അന്ന് പിന്നെ രജിസ്റ്റേഡ് മാരേജ് ഒന്നുമില്ല മനസ്സുകൊണ്ട് രജിസ്റ്റർ ചെയ്താൽ തന്നെ വിവാഹ എന്ന് പറയുന്നത് ഇന്നിപ്പം അങ്ങനെ ആവില്ലല്ലോ പരസ്പരം ഇഷ്ടപ്പെട്ട് അവരങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയപ്പോ അതിന്റെ മുന്നേ രാജാവ് കൊട്ടാരത്തിലേക്ക് കാല് അവിടെ കിടക്കണ ഒരു പാമ്പ് രാജാവിനെ പേടി ആ പാമ്പിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അഞ്ച് തലയുള്ളൊരു പാമ്പ് ഒരു അപൂർവ പാമ്പ് രാജാവ് പേടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അവർ പറയാണ് അവൾ പറയാണ് പേടിക്കേണ്ട രാജൻ ഇത് നമുക്ക് സുരക്ഷിതത്വം തരുന്ന പാമ്പാണ് നമ്മളെ ദ്രോഹിക്കില്ല അപ്പം പിന്നെ രാജാവിന് അതിലേറെ സന്തോഷമായി ഓ പാമ്പ് വരെ സെക്യൂരിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ കേമൻ തന്നെയാണ് അവളത് അങ്ങനെ അവളുടെ കൂടെ ജീവിതം തുടങ്ങിയത് അതും എങ്ങനെയുള്ള ജീവിതം രാജാവ് വളരെ അച്ചടക്കമുള്ള രാജാവായിരുന്നു ഭർത്താവായിരുന്നു പറയണ ഭാര്യ വല്ലതും കഴിച്ചാലേ ഭർത്താവ് കഴിക്കുള്ളൂ എന്നാണ് അങ്ങനെയാണ് നല്ല ഭർത്താക്കന്മാര് എന്നത്ര ഭാര്യ ചിരിച്ചാൽ ചിരിക്കും ഭാര്യ കരഞ്ഞാൽ കരയും ഭാര്യ വിഷമിച്ചാൽ വിഷമിക്കും ഭാര്യ എന്താണ് ഓടാൻ തുടങ്ങിയ ഓടും ഇങ്ങനെയൊക്കെയുള്ള ഭർത്താക്കന്മാരെയാണ് അച്ചടക്കമുള്ള ഭർത്താവ് എന്ന് പറയാം ഒരിക്കലൊരു അധ്യാപകൻ ക്ലാസ്സിൽ കുട്ടികളോട് ചോദിച്ചു എന്താ അച്ചടക്കം അപ്പൊ കുട്ടി അമ്മ അച്ഛനെ അടക്കം ചെയ്യലാണ് അച്ഛ അടക്കം എന്ന് പറയുന്നത് ളുപ്പായിട്ട് കുട്ടി ഇതുപോലെ ഈ രാജാവ് നല്ല അടക്കമുള്ള ആളായിരുന്നു ഭാഗവതനെ പറയുന്നു കൊതിബന്ധ്യം വിപതി ഭാര്യ കഴിച്ചാലേ കഴിക്കുള്ളൂ ചില ഭർത്താക്കന്മാർ അങ്ങനെ തന്നെയാണ് അല്ലെങ്കിലും ഭാര്യ കഴിച്ചാലേ കഴിക്കുള്ളൂ ഒരാൾ കല്യാണമൊക്കെ കഴിച്ച് ആറു മാസം ഭാര്യ കഴിച്ചിട്ട് ഇയാൾ കഴിക്കുള്ളൂ ആറാമത്തെ മാസം മുതൽ ഇയാളുടെ തുടങ്ങി നേരത്തെ കഴിക്കാൻ തുടങ്ങി ഭാര്യ ചുപ്പന്താ നീക്ക എന്നോട് സ്നേഹമൊന്നുമില്ല അയാൾ പറയുന്നത് തുടങ്ങിയതെന്ന് എൻ്റെ അർത്ഥം ഇത്രയും കാലം മര്യാദയ്ക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നീ പഠിച്ചിട്ട് ഞാൻ കഴിക്കാന്ന് വെച്ചത് ഇതുപോലെയായിരുന്നില്ലേ അദ്ദേഹം ഭാര്യ കഴിച്ചാൽ തന്നെ കഴിക്കല്ലോ ഭാര്യ ചിരിച്ചാൽ ചിരിക്കും ഭാര്യ ഓടിയാൽ ഓടും ഭാര്യ പറഞ്ഞാൽ പറയും അങ്ങനെ സ്നേഹസമ്പന്നനായ ഭർത്താവ് ഏതായാലും കാലം മുന്നോട്ടു പോയി അതിൽ കുട്ടികളുണ്ടായി പേരക്കുട്ടികളുണ്ടായി അങ്ങനെ സന്തോഷത്തിന്റെ സുഖത്തിൻ്റെ സ്വർഗത്തിന്റെ നാളുകൾ ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് ഒരു ദിവസം രാജാവ് മൃഗയാ വിനോദത്തിന് വേണ്ടി കാട്ടിലേക്ക് പോയി അങ്ങനെ മൃഗയാവിനോദമൊക്കെ ചെയ്ത് തളർന്ന് അവശനായി കൊട്ടാരത്തിലെത്തുമ്പോൾ ഭാര്യയെ കാണില്ല ഭാര്യയെ കാണാനില്ലെങ്കിൽ പിന്നെ കരച്ചിലേ നിവൃത്തിയുള്ളൂ തോഴിമാരോടൊക്കെ കരഞ്ഞുകൊണ്ട് ചോദിച്ചു എവിടെ പോയി എൻ്റെ ഭാര്യയാന്ന് പറഞ്ഞു അങ്ങയുടെ മുറിയിൽ പോയി നോക്കൂന്നു നോക്കുമ്പോഴെന്താ കാണുന്നത് തലയെല്ലാം നിലത്തടിച്ചുകൊണ്ട് മുറി മുടിയൊക്കെ പാറിക്കൊണ്ട് അങ്ങനെ കിടക്കണം പൊട്ടി കരഞ്ഞുകൊണ്ട് ഭാര്യ കരഞ്ഞാൽ പിന്നെ രാജാവ് കരയണം രാജാവ് നെഞ്ചത്തടിച്ച് ആർപ്പ് വിളിക്കാൻ തുടങ്ങി അപ്പോൾ ഭാര്യ നോക്കിയപ്പോൾ കാണുന്നത് ഭർത്താവ് കരയാണ് ചോദിച്ചു എന്തിനാ കരയണത് നീ കരഞ്ഞാൽ പിന്നെ ഞാൻ കരയണ്ടേന്ന് നീ എന്തിനാ കരയണതെന്ന് പറഞ്ഞു അങ്ങ് എന്നെ ഉപേക്ഷിച്ചില്ലേ എന്നോട് പറയാതെ കാട്ടിൽ പോയില്ല എന്ന് ദുഃഖം തീരണമെങ്കിൽ എന്റെ മുന്നിൽ പ്രതിജ്ഞ ചെയ്യണം എന്താ പ്രതിജ്ഞ ചെയ്യേണ്ടത് ഇനി എന്നോട് ചോദിക്കാതെ എവിടെയും പോവില്ല എന്ന് പ്രതിജ്ഞയാന്ന് അങ്ങനെ രാജാവ് പ്രതിജ്ഞ ചെയ്തു ഇനി നിന്നെയും കൂട്ടിയല്ലാതെ എവിടെയും പോവില്ല എന്ന് അതിനുശേഷം പിന്നെ ഒരിക്കലും രാജാവ് കാട്ടിൽ പോയിട്ടില്ലയാണ് അത് അവസാനത്തെ അത്രയുന്നു വീണ്ടും കാലം മുന്നോട്ട് പോയി കുട്ടികളൊക്കെ വലുതായി പേരക്കുട്ടികളൊക്കെ വലുതാവാൻ തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് ചില ദുരന്തങ്ങളും കൊട്ടാരത്തിന് വന്നുകൊണ്ട് അതിൽ ആദ്യത്തെ ദുരന്തം ചണ്ടവേകൻ എന്ന് പറയുന്ന ഒരു രാജാവിൽ നിന്നായിരുന്നു അദ്ദേഹം ഈ കൊട്ടാരത്തെ ആക്രമിക്കാൻ നിശ്ചയിച്ചു അദ്ദേഹത്തിന് എഴുന്നൂറ്റി സൈന്യങ്ങൾ ഉണ്ടായിരുന്നു പകുതി പെണ്ണും പകുതിയാണ് സൈന്യം അന്നും മിലിറ്ററിയിൽ പെണ്ണുങ്ങളെ റിക്രൂട്ട് ചെയ്യുന്ന കാലമായിരിക്കാം ഇന്നും അത്രല്ല അന്നും ഉണ്ടായിരുന്നതൊക്കെ പ്രിയൻ അവരെല്ലാവരും കൂടി ചേർന്ന് കൊട്ടാരത്തെ കീഴടക്കാൻ നിശ്ചയിച്ചു ഇതൊരു വശം നടക്കുമ്പോൾ മറ്റൊരു ദുരന്തം കൂടി പിടികൂടി അതെന്താണ് ആ കാലഘട്ടത്തിൽ കാലൻ ഒരു പുത്രി ഉണ്ടായിരുന്നു അങ്ങേയറ്റം വിരൂപം ആരും നോക്കില്ല അവളെ അവളുടെ കല്യാണം അതുകൊണ്ട് തന്നെ നടന്നതുമില്ല അപ്പോൾ ഒരു ദിവസം അവൾ അച്ഛനോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു മോളെ നിന്നെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ലല്ലോ ഞാനെന്താ ചെയ്യാന്ന് അവൾ പറഞ്ഞു അച്ഛൻ എൻ്റെ കല്യാണം എന്ന് ഞാൻ തന്നെ ഇങ്ങനെ നടത്താന്ന് ഹൈ അതെങ്ങനെയാണ് മോളെ നീനിൻ്റെ കല്യാണം നടത്തുകയാണ് അച്ഛൻ എന്നെ ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ആരെയാണ് ഇഷ്ടപ്പെടുന്നത് അയാളെ ഞാൻ കല്യാണം കഴിച്ചോളാം അതെങ്ങനെയും മോളെ നടക്കാൻ അതൊന്നും അച്ഛൻ വിഷമിക്കേണ്ട ഞാൻ പോവുകയാണെന്ന് അവളൊരു മാലയും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങി വീട്ടിൽ നിന്ന് അങ്ങനെ വഴിയിൽ വെച്ച് ആരും ആരെയാണോ ആദ്യം കാണുക അവളെ അവിടെ കെട്ടാനാണ് മനസ്സിൽ വിചാരിച്ചവളത് ഇറങ്ങി പടി പുറത്തിറങ്ങിയപ്പോൾ ആദ്യം കാണുന്നത് പാവൻ നാരദമാഷി വഴിക്ക് വരുന്നതാ അയാളാണിച്ചാലും ഒരു ബ്രതം കൊടുത്തിട്ടുണ്ട് ഈ ജന്മം കല്യാണം കഴിക്കില്ലയാണ് ഇവള് മാലയും കൊണ്ട് അയാളുടെ നേരെ നാരദമാഷി വെച്ച് എന്താ നിന്റെ പുറപ്പാട് എന്ന് അവൾ പറഞ്ഞു ഞാനൊരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ആദ്യം ആരെയാണോ കാണുക അയാളെ കല്യാണം കഴിക്കുന്നു നാരദമാർഷി പറഞ്ഞു ഞാനൊരു പ്രതിജ്ഞ ചെയ്യുന്നുണ്ട് ആരെയും കല്യാണം കഴിക്കില്ലെന്ന് ഞാൻ ഉപദ്രവിക്കുന്നത് അപ്പൊ അവൾ പറഞ്ഞു നാരദമാഷി എന്റെ അച്ഛന്റെ പേര് യമന്നാണ് പിന്നെ നാരദർക്ക് നാവുണ്ടില്ല അതേ യമരാജാവിന്റെ മകളാണ് എന്ത് വിചാരിച്ചാലും നടക്കും അവിടെ അവളോട് പറഞ്ഞു എന്നാൽ നിനക്ക് പറ്റിയ ഒരാളെ ഞാൻ പറഞ്ഞെന്നാ പറയെന്ന് വെച്ചു ആ അതുമതി ആരാന്ന് വെച്ചു യമനൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ട് അയാൾക്കൊരു പക്ഷേ നിന്നെ പറ്റി എന്ന് വരും അല്ല എന്നെ ഇഷ്ടപ്പെടുക എനിക്ക് അതെനിക്ക് പറയാൻ പറ്റില്ല നീ ഒരു കാര്യം ഇപ്പം പോയിക്കോളൂ അയാൽ സന്ധ്യാസമയല്ലേ സന്ധ്യയ്ക്ക് സന്ധ്യാവന്തനത്തിന് ഇരിക്കുന്നുണ്ടാവും ധ്യാനത്തിന് ഇരിക്കുന്നുണ്ടാവും അപ്പൊ ഈ മാല കൊണ്ട് കഴുത്തിലിട്ടോളൂ പറഞ്ഞു അവൾ നേരെ ചെന്നു യവനെൻ്റെ അടുത്ത് യവനിങ്ങനെ സന്ധ്യയ്ക്കിങ്ങനെ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് കഴുത്തിൽ ഒരു മാല വന്ന് വീണത് അപ്പൊ യവനെന്താ വിചാരിച്ചത് ഭക്തി കൊണ്ട് ഭഗവാൻ എട്ട് സന്തോഷം കൊണ്ട് കണ്ണു തുറന്നു നോക്കുമ്പോൾ വിരൂപിയായിട്ടുള്ള സ്ത്രീ നിലനിൽ നിൽക്കുന്നു ചോദിച്ചു നീ ആരാണെന്ന് പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് ആര് പറഞ്ഞു തെളിവുണ്ട് കഴുത്തിൽ നോക്കൂ എന്ന് പിന്നെ അവനൊന്നും പറയാൻ പറ്റില്ല പറഞ്ഞു നീ എന്താ എന്നെ പരീക്ഷിക്കുകയാണോന്ന് എന്നെ പറഞ്ഞു എന്റെ അച്ഛന്റെ പേര് യമരാജാവാണ് പിന്നെയൊന്നും വേണ്ടിയില്ല ഒരു കാര്യം ഇനി നീയെ നിന്നെയും കൊണ്ട് എന്റെ വീട്ടിൽ പോയാൽ അവൾ ഓടിക്കും നമ്മളെ അതുകൊണ്ട് നമുക്ക് വേറെ പോവാന്ന് ഇത് കേട്ടപ്പോൾ അവൾ പറയുകയാണ് ഏതായാലും പുരഞ്ജനനും പുരഞ്ജരിക്കും പ്രായമായില്ലേ അവരെ ഓടിച്ച് നമുക്ക് ആ കൊട്ടാരത്തിലങ്ങനെ അങ്ങനെ ആ കൊട്ടാരം ആക്രമിക്കാൻ അവര് നിശ്ചയിച്ചു ഒരു വശത്ത് ചണ്ടവീകൻ ഒരു വശത്ത് കാലനും യവനൊക്കെ കുവാലപുത്രിയൊക്കെ കൂടി ചേർന്ന് അക്രമിച്ചപ്പോൾ പുരഞ്ജനന് മനസ്സിലായി ഈ കൊട്ടാരം ഇനി നിലനിൽക്കില്ലയാണ് താൻ മരിച്ചുപോയ തൻ്റെ ഭാര്യയെ ആരാ നോക്കുക കാരണം ഭാര്യ ജീവിച്ചിരുന്നാലേ താനുള്ളൂ എന്നാണ് അയാളുടെ വിശ്വാസം അങ്ങനെ ഭാര്യയുടെ വിഷമങ്ങൾ മനസ്സിലാക്കി ഭാര്യയെ ഓർത്തോർത്തോർത്തോർത്തോർത്ത് ഭാര്യയെ മനസ്സിൽ വിചാരിച്ച് ശരീരം ഉപേക്ഷിച്ചതുകൊണ്ട് പിന്നീട് ഒരു പെണ്ണിന്റെ ജന്മ എടുക്കേണ്ടി വന്നോളാണ് ഭാഗവത ഇതാ പറയുന്നത് അപ്പൊ നമ്മൾ മരിക്കുന്ന സമയത്ത് അറിയാതെ ഒരു പട്ടിയുടെ രൂപം മനസ്സിൽ വിചാരിച്ചാൽ അയ്യോ എന്റെ പട്ടി ആരാ നോക്കുക വീട്ടിൽ പട്ടി ഉറപ്പായിട്ടും പിന്നെ നമ്മൾ ആരായിട്ട് വരണം ഒരു പട്ടിയായിട്ട് പിന്നെ വരണമെന്നാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നാളെ നമുക്ക് എന്തായാലും ചർച്ച ചെയ്യാം ഈ പുനർജന്മത്തെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഈ പുനർജന്മം ഉണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാം അടുത്ത ജന്മം നമ്മൾ ഏതാ എടുക്കുക എന്നുള്ളത് മനുഷ്യജന്മം കിട്ടുമോ നമുക്ക് അതേപോലെ മൃഗത്തിന്റെ എടുക്കുമോ വീണ്ടും നമ്മൾ എടപ്പള്ളിയിൽ തന്നെ വന്ന് വീഴുമോ എറണാകുളത്ത് തന്നെ ഈ കൊതുകടി കൊള്ളാനായിട്ട് അവസാനം നമ്മൾ മരിക്കുന്ന സമയത്ത് ഈശ്വര മരിക്കുന്ന സമയത്ത് തന്നെ കൊതുകടിക്കരുത് എന്ന് വിചാരിച്ചു പോയാൽ ഒരു കൊതുവിന്റെ രൂപം എങ്ങാനും മനസ്സെടുത്തു പിന്നെ എറണാകുളത്ത് കൊതുകായിട്ട് വരേണ്ടി വരും അങ്ങനെ മനസ്സേത് രൂപം എടുക്കണം എന്നെങ്ങനെ നമുക്ക് എടുക്കുമെന്നെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഭാഗവതം പറയുന്നത് ഏതായാലും നാളെ നമുക്ക് നോക്കാം ഇനി വരണം എന്നുണ്ടെങ്കിൽ എങ്ങനെ വരണമെന്ന് പ്ലാൻ ചെയ്ത് പോവുകയാണെന്ന് കുഴപ്പമില്ലല്ലോ ഒരു കുട്ടി അച്ഛനോട് പറഞ്ഞു അച്ഛ എനിക്ക് ദിവസം ഒത്തിരി ഐസ്ക്രീം വാങ്ങിച്ചെന്നുള്ളൂ അതെന്തിനാടാ മോനെ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് അടുത്ത ആഴ്ച ഹിമാലയത്തിലേക്ക് ടൂർ പോവുകയാണ് അതും ഐസ്ക്രീമായിട്ട് എന്താ പറഞ്ഞത് അവിടെ തണുപ്പല്ലേ അച്ഛ അപ്പോൾ ഇവിടുന്ന് ഒത്തിരി ദിവസവും തണുപ്പ് കഴിച്ച് ചീലിച്ചാൽ അവിടുത്തെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഇതുപോലെ നമ്മൾ ഏത് ജന്മമാണ് എടുക്കുക എന്നുണ്ടെങ്കിൽ അതിവിടുന്ന് നിന്ന് നമുക്കറിയാൻ പറ്റുമെന്നാണ് ഏതായാലും ഇങ്ങനെ പറഞ്ഞ് മലയധൻ എന്ന വിദർഭരാജാവിന്റെ പുത്രിയായിട്ട് ഈ പുരഞ്ജനൻ ജനിച്ചു എന്ന് ആ പുത്രിയെ കന്യകയെ ഇപ്പോൾ മലയധ്വജൻ എന്ന് പറയുന്ന രാജാവിന് കല്യാണം കഴിച്ചു അങ്ങനെ കാലം മുന്നോട്ടുപോയി പുത്രന്മാരുണ്ടായി മൂത്തപുത്രനെ രാജ്യഭാരമേൽപ്പിച്ച് മലയധ്വജനും നമ്മുടെ മിസിസ് പുരഞ്ജനിയും അതായത് ഇപ്പോൾ പുരഞ്ജനൻ ആരായി തീർന്നിരിക്കുന്നു വിദർഭരാജാവിന്റെ പുത്രി വൈദൃതി തിർന്നിരിക്കുന്നു രണ്ടുപേരും കാട്ടിൽ പോയി തപസ് ചെയ്ത് ആ തപോ ബലത്തിൽ മലയധ്വജൻ മനസ്സിനെ ഈശ്വരനിൽ ഉറപ്പിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിച്ചു ആ രാജാവിന്റെ ശരീരം കെട്ടിപ്പിടിച്ചുകൊണ്ട് വൈദർഭി പൊട്ടിക്കരഞ്ഞപ്പോ അവിടേക്ക് കടന്നു വരുന്നു ബ്രാഹ്മണൻ ആ ബ്രാഹ്മണൻ ചോദിക്കുകയാണ് കുട്ടി നീ ആരാണ് എന്തിനാണ് ഇങ്ങനെ കരയണത് ഇതാരാണ് നിന്റെ എന്തിന് നീ അയാളെക്കുറിച്ച് കരയണം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോ സ്വന്തം ഭർത്താവിൻ്റെ ശരീരം കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ ചോദിക്കൂ ഇതാരാണ് എന്തിനാണ് ആർക്ക് വേണ്ടി കരയണോ എന്നൊക്കെ ഒന്ന് മുഖത്തേക്ക് നോക്കിയപ്പോ ആ ബ്രാഹ്മണൻ ചോദിക്കുകയാണ് നിനക്കെന്നെ മനസ്സിലാവുന്നുണ്ടോന്നു എവിടെയോ ചില ഓർമ്മകളുടെ സ്മരണകൾ മനസ്സിൽ കടന്നു പക്ഷെ വ്യക്തത കിട്ടുന്നില്ല അപ്പോഴാ ബ്രാഹ്മണൻ പരിചയപ്പെടുത്തുകയാണ് നിനക്ക് ഓർമ്മ വന്നു എന്ന് വരില്ല ഞാനും നീയും എത്രയോ എത്രയോ കാലം മുമ്പ് മാനസ സരോവറിലെ ഹംസങ്ങളായിരുന്നു പക്ഷേ നീ എന്നെ മറന്ന് പറന്നകന്ന് ഒരുപാട് ശരീരങ്ങളിലൂടെ പല പല ജന്മങ്ങളെടുത്ത് ഇന്നിതാ ഒരു പെണ്ണിന്റെ ശരീരം എടുത്തിരിക്കുന്നു വാസ്തവത്തിൽ നീയും ഞാനും അന്യരല്ല നമ്മൾ രണ്ടുപേരും ഒന്നാണെന്ന് പറഞ്ഞു കൊടുത്ത് അഹം അഹം ഭവാൻ അന്യ തൊലേവാഹം വിചക്ഷ പോ നീ ഞാനാകുന്നു ഞാൻ നീയാകുന്നു നമ്മൾ രണ്ടുപേരും ഹംസോഹം ഹംസോഹം ചാരി സഹായ മാനസായനോ മാനസസ്വരോ ഉള്ള ഹംസങ്ങളാണ് അതുകൊണ്ട് നീ ഇവിടെയിരുന്ന് കരേണ്ട നമുക്ക് തിരിച്ചു പോവാം അങ്ങോട്ടെന്ന് പറഞ്ഞ് രണ്ടുപേരും കൈപിടിച്ചുകൊണ്ട് പഴയോ ലോകത്തിലേക്ക് തിരിച്ചു പോയി എന്നാണ് കഥ ഈ കഥ പറഞ്ഞിട്ട് പുരഞ്ജനോട് ചോദിക്കുകയാണ് സോറി പ്രാചീന ബർഹിസ്യനോട് നാരദമാർഷി ചോദിക്കുകയാണ് കഥ കേട്ടില്ലേ അങ്ങ കാര്യം മനസ്സിലായൂ എന്ന് പറഞ്ഞു നല്ല കഥയാണ് പക്ഷേ ഇത് കേട്ടാൽ എന്നെ അവിടെ ചെന്നിട്ട് ആടുകൾ കുത്താതിരിക്കൂ എന്ന് ഉടനെ പറഞ്ഞു എന്റെ പൊട്ടൻ രാജാവേ ഇത് ആടിൽ നിന്ന് മുക്തനാവാനുള്ള കഥയല്ലത് ഇത് അങ്ങയുടെ കഥയാണെന്ന് തത്വം പറഞ്ഞു കൊടുക്കുകയാണ് ഭാഗവതത്തിൽ കഥകൾക്ക് തത്വം സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്ന ഒരേ കഥ ഈ പുരഞ്ച് രൂപാഖ്യാനം മാത്രമാണ് ഇരുപത്തിയൊൻപതാം അധ്യായം നാലാമത്തെ സ്കന്ധത്തിൽ പുരഞ്ജനോപാഖ്യാനം എന്ന കഥയുടെ ശാസ്ത്രീയമായ വിശദീകരണമാണ് നാരദമാർച്ചി തന്നെ ഓരോ വാക്കുകളെയും ശാസ്ത്രീയമായിട്ട് എന്തപ്പെട്ട ഒരു വ്യാഖ്യയിലേക്കിനോ പറയാണ് പറഞ്ഞു രാജൻ ഇത് അങ്ങയുടെ കഥയാണെന്ന് പറഞ്ഞപ്പോ എങ്ങനെയത് എന്റെ കഥയാവുന്നത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞാൽ പുരങ്ങളെ ജനിപ്പിക്കുന്നവനാരോ അവൻ പുരഞ്ജനൻ എന്ന് വെച്ചാൽ ഈ ശരീരത്തെ കൊണ്ട് നടക്കുന്ന പുരഞ്ജനൻ എന്ന് പറയുന്നത് അപ്പൊ പുരം എന്ന് പറഞ്ഞാലോ ഓരോ ശരീരങ്ങളെ പുരം എന്ന് പറഞ്ഞാൽ ഗ്രഹം വീട് കൊട്ടാരം എന്നൊക്കെയാണല്ലോ അർത്ഥം ഓരോ ശരീരങ്ങൾ എന്നിട്ട് ഒൻപത് കവാടമുള്ള ഒരു പുരത്തെ എടുത്തു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഈ മനുഷ്യ ജീവൻ എടുത്തിരിക്കുന്നു എന്ന് പറയാണ് അപ്പൊ ഇതിനു മുമ്പോ നമ്മൾ ഓരോരുത്തരും ഡാർവിൻ തിയറി പ്രകാരം അമീബയായിട്ടും തവളയായിട്ടും ആമയായിട്ടും മുതലയായിട്ടും അതുപോലെ അവസാനം കുരങ്ങനായിട്ടും പരി എവല്യൂഷനിലൂടെ ഇപ്പോൾ ഒൻപത് ഗോതുരങ്ങളുള്ള തുളകളുള്ള ഒരു കൊട്ടാരത്തെ എടുത്തിരിക്കുകയാണ് ഏതൊക്കെയാണ് ഈ ഒൻപത് ദ്വാരങ്ങൾ ദ്വേ ദ്വേ ദ്വേ ദ്വാരോ ബഹ്രിയാദി എസ്തീന്ദ്രിയ സംയുത അക്ഷിണേ നാസികേ അസ്യം ഇതി പഞ്ചപ്പുരകൃത ദക്ഷിണാദക്ഷിണക്കണ്ണ ഉത്തരാചോത്തരസ്മൃത പശ്ചിമേ വിത്യോ ദ്വാരോ ഗുധോശിഷ്ണഹോക്ഷതേ ഇങ്ങനെ ഒൻപതാണ് ഏതൊക്കെയാണ് രണ്ട് കണ്ണുകളുടെ ദ്വാരം ശരിയാണ് രണ്ട് ചെവികളുടെ ദ്വാരം അങ്ങനെ നാല് ദ്വാരങ്ങൾ വീണ്ടും രണ്ട് മൂക്കുകളുടെ ദ്വാരം ആറ് ദ്വാരമായി ഏഴാമത്തത് വായാരം പിന്നെ മല മൂത്ര വിസർജന ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ ഒൻപത് ദ്വാരങ്ങളുള്ള നവദ്വാരെ പുരേദേഹി ഒരു കൊട്ടാരമാണ് ഒരു വീടാണ് ഈ മനുഷ്യ ഒന്ന് ഭടന്മാര് കാവല് നിൽക്കുന്നു നിങ്ങൾ പറഞ്ഞല്ലോ അതാരാണ് അഞ്ച് ജ്ഞാന ഇന്ദ്രിയങ്ങൾ അതായത് ശബ്ദ സ്പർശ രൂപ രസഗന്ധ അനുഭവങ്ങളെ അനുഭവിക്കാൻ നമുക്ക് തന്ന കാതുകൾ തൊക്ക് കണ്ണുകള് ് മൂക്ക് തുടങ്ങിയിട്ടുള്ള ഇന്ദ്രിയങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ പിന്നെ കൈകള് കാലുകള് ശബ്ദ ഇന്ദ്രിയം മലമൂത്ര വിസർജനേന്ദ്രിയങ്ങൾ ഇങ്ങനെ അഞ്ച് കർമ്മേന്ദ്രിയം പിന്നെ ബുദ്ധി ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ കൊട്ടാരമിങ്ങനെ ചലിക്കുന്നത് പറയാണ് വർക്ക് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് പറയുന്നത് ഇവരൊന്നും ഇല്ലെങ്കിൽ ഈ കൊട്ടാരം പ്രവർത്തിക്കുമായിരുന്നില്ല ഒരു ജഡം പോലെ കിടക്കുമായി കിടക്കുകയുള്ളൂ പറയാം ഉറക്കത്തിൽ ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് ഒരു ശവത്തെ പോലെ നമ്മളവിടെ കിടക്കണോപരിയാണ് അങ്ങനെയുള്ളതാണ് ഈ കൊട്ടാരം ശരി അത് മനസ്സിലായി പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ അഞ്ച് തലയുള്ളൊരു പാമ്പ് അവിടെ ഉണ്ടായിരുന്നു അതെന്തായിരുന്നു ഈ അഞ്ച് തലയുള്ള പാമ്പാണ് ഈ സിസ്റ്റത്തെ ഫിസിയോളജി സിസ്റ്റത്തെ കൊണ്ട് നടക്കുന്നത് അതിനെയാണ് പ്രാണ അപാന വ്യാന ഉദാന സമാനവായുക്കൾ നിങ്ങൾ പൂജ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഭഗവാനെ നിവേദ്യം സമർപ്പിക്കുമ്പോൾ ഓം പ്രാണായ സ്വാ ഓം അപാനായ സ്വാ ഓം വ്യാനായ സ്വാ ഓം ഉദാനായ സ്വാഹ ഓം സമാനായ സ്വാഹ ഓം ബ്രഹ്മണേ സ്വാഹ ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നത് ഇത് അഞ്ചും ഒരേ പ്രാണൻ തന്നെ അഞ്ച് രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നു അതായത് അന്തരീക്ഷത്തിൽ നൈട്രജനും ഹൈഡ്രജനും തുടങ്ങിയിട്ടുള്ള വായുവിന്റെ കിടയിൽ നിന്ന് നമുക്ക് വേണ്ട പ്രാണവായുവായ ഓക്സിജനെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന വായുവിനെയാണ് അപാനവായു എന്ന് പറയുന്നത് എത്ര ഗംഭീരമായിട്ടാണ് നമ്മുടെ സിസ്റ്റം വെച്ചിരിക്കുന്നത് നോക്കൂ അന്തരീക്ഷത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൈട്രജൻ കാണാം ഹൈഡ്രജൻ കാണാം കാർബൺ ഡയോക്സൈഡ് കാണാം എല്ലാ തരത്തിലുള്ള വാതകങ്ങളും ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞിരിക്കുന്നു അല്ലേ ശരിയല്ലേ അതിൽ നിന്ന് ഓക്സിജൻ മാത്രം ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഈ ശരീരത്തെ നിർത്തുന്നു ഒരു പ്രാണവായു പ്രിയാണ് രണ്ടാമത് ഉള്ളിലെത്തുമ്പോഴേക്കും അവൻ സിസ്റ്റങ്ങളിലൂടെ കടന്നു പോകുമ്പോഴേക്കും കാർബൺ ഡയോക്സൈഡായി മാറി അവനെ പുറത്തേക്ക് തള്ളുന്നു പ്രാണവായു പ്രിയാണ് കഴിക്കുന്ന ഭക്ഷണങ്ങളെ ദഹിപ്പിക്കുന്നു വ്യാനവായു പ്രിയാണ് ഇതൊക്കെ പ്രകൃതി നിശ്ചയിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ വ്യാനവായുവിന്റെ പ്രവർത്തനം തളരുമ്പോഴാണ് വായു ഗുളിക കഴിക്കേണ്ടി വരുന്നത് ഇപ്പൊ വായു അപ്പം ദഹനങ്ങളൊന്നും മര്യാദയ്ക്ക് നടക്കില്ല ശ്വാസം മുട്ടും ആ സമയത്ത് അപ്പൊ ഈ ഗുളിക കഴിക്കണമെന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് കഴിച്ച ഭക്ഷണം നോക്കൂ പ്രകൃതി എത്ര ഗംഭീരമാണ് നമ്മുടെ ശരീരത്തിൽ ഈ കഴിച്ച ഭക്ഷണമൊക്കെ ഒരു ഭാഗത്ത് മാത്രമേ കൂടുന്നുള്ളൂ എങ്കിൽ കൈകളിലേക്ക് മാത്രമേ എനർജി വരുന്നുള്ളൂ എങ്കിൽ കൈ മന്ത് പിടിച്ചതുപോലെ ഉണ്ടാവും വളർച്ച പ്രോപ്പറായിരിക്കില്ല ഈക്വലായിരിക്കില്ല എന്നാൽ വളർച്ച എല്ലായിടത്തും ഒരുപോലെ എത്തിച്ചുകൊണ്ട് അങ്ങനെ സിസ്റ്റത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നു സമാനവായു അതുകഴിഞ്ഞ് ഭക്ഷിച്ച ഭക്ഷണം അത് വിസർജ്യവത്സുവായി തീരുമ്പോൾ വേസ്റ്റായി തീരുമ്പോൾ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളാൻ പ്രേരിപ്പിക്കുന്ന വായുവാണ് ഉദാന വായു പ്രിയാണ് ഇങ്ങനെ അഞ്ചു വായുക്കളാൽ ഈ ശരീരം മര്യാദയ്ക്ക് നടക്കുന്നു പ്രിയാണ് കള്ളു കുടിക്കുമ്പോഴും സിഗരറ്റൊക്കെ വലിക്കുന്ന ആളുകൾ കുറേ കഴിഞ്ഞാൽ ഈ സിസ്റ്റം തെറ്റിക്കും അപ്പോഴാണ് പത്തെഴുപത് വയസ്സായി കഴിഞ്ഞാൽ ഡയജഷൻ നടക്കില്ല മൂത്രം പോവില്ല മലം പോവില്ല ഈ സിസ്റ്റങ്ങളൊക്കെ കൊലാപ്സ് ആയിട്ടുണ്ടാവും എന്നാൽ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഭഗവാൻ പറയും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ആരാ ദഹിപ്പിക്കുന്നതെന്നറിയോ അഹം വൈശ്വാനരോപുദ് പ്രാണി നാം ദേഹമാശ്രിതാ സമാക്തോ ചതുർവിധം എല്ലാ ഭക്ഷണങ്ങളെയും ഞാൻ തന്നെയാണ് ദഹിപ്പിക്കുന്നത് എന്ന് പറയാണ് അപ്പൊ നമ്മൾ വേണ്ടാത്തതൊക്കെ വലിച്ചു കയറ്റുമ്പോഴാണ് തെറ്റുന്നതും പിന്നെ രോഗങ്ങളൊക്കെ നമുക്ക് വരുന്നതും ഏതായാലും ഇങ്ങനെ നാല് വായു അഞ്ചു വായുക്കള് പിന്നെ ചോദിച്ചു ഒരു മനോഹരിയായിട്ട് സുന്ദരിയായിട്ട് പെൺകുട്ടിയെ കണ്ടു അവളെ കല്യാണം കഴിച്ചു പറഞ്ഞല്ലോ അതാരാണ് അത് മറ്റാരുമല്ല പ്രമത എന്ന് പറയുന്ന മനസ്സ് തന്നെയാണ് പറയാണ് അപ്പൊ ഈ ജീവൻ വിവാഹം കഴിച്ചത് മനസ്സിനെയാണെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും മനസ്സിനോട് ചേർന്ന് പിന്നെ മനസ്സിന്റെ വികാര വിക്ഷോഭങ്ങൾക്കനുസരിച്ച് ആടി പാടുന്നു മനസ്സ് കരയാൻ പറഞ്ഞാൽ നമ്മൾ കരയുന്നു മനസ് ഓടാൻ പറഞ്ഞാൽ ഓടുന്നു മനസ് ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കുന്നു മനസ് ദേഷ്യപ്പെടാൻ പറഞ്ഞാൽ ദേഷ്യപ്പെടുന്നു അങ്ങനെ മനസ്സിന്റെ അടിമകളായി തീർന്ന് അങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നു പറയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മൃഗയാവിനോദത്തിന് രാജാവ് പോയി വന്ന് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞല്ലോ അതായത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉറക്കങ്ങളിലേക്ക് പോകുമ്പോൾ മനസ്സുമായിട്ടുള്ള ബന്ധം കുറച്ചു നേരത്തേക്ക് അതുകൊണ്ടോ മനസ്സിൽ നിന്നും ഒരു ശാന്തി കുറച്ച് നേരത്തേക്ക് നമുക്കൊക്കെ കിട്ടുന്നു പ്രിയാണ് അങ്ങനെ നമ്മള് ഒരു വ്യക്തി മനസ്സിൽ എന്ത് ചിത്രം എടുത്തുകൊണ്ട് ഈ ശരീരം വിടുന്നു ആ ചിത്രത്തിനനുസരിച്ച് വീണ്ടും കൊജിച്ചപ്പുമാൻ കൊജിച്ച സ്ത്രീ കൊജുന്ന ഉഭയമന്ദതി ദേവോപനുഷതിര്യക്വാ യഥാ കർമ്മ ഗുണം ഭവ ഒന്നുകിൽ മനുഷ്യനായിട്ട് അല്ലെങ്കിൽ മൃഗമായിട്ട് ഏതെങ്കിലും ഒരു രൂപത്തിൽ ജനിക്കാൻ ബാധ്യസ്ഥരാണ് ഞാനത് വ്യക്തമാക്കട്ടെ നിങ്ങളിങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു രാവിലെ ഇത് ഞാൻ ആവർത്തിക്കുന്നുള്ളത് ഇവിടുത്തെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട് അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇനി ഇവിടെ പോകുമ്പോഴേക്കും നിങ്ങൾ എങ്ങോട്ടാ പോവേണ്ടതെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ വന്നിരിക്കും നിങ്ങളുടെ വീടിന്റെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ വന്നേ പറ്റുള്ളൂ ഒരു ചിത്രം എടുത്തിട്ടേ മനസ്സിന് പോവാൻ സാധിക്കുള്ളൂ ബാങ്കായ മനസ്സിൽ ഒരിക്കലും പോവാൻ സാധ്യല്ല ചിലർ ഉറക്കത്തിൽ നടക്കും പക്ഷെ ഇങ്ങോട്ടും പോവില്ല രണ്ടടി വർണ്ണ തിരിച്ചു വരൂ അവർ കാരണം അവരുടെ ഉള്ളിൽ ചിത്രമില്ല എങ്ങോട്ട് പോവാനുള്ളത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് മനസ്സൊരു ചിത്രമെടുത്തിട്ടാണ് പോവുന്നതെങ്കിൽ ഏത് ചിത്രമെടുത്ത് പോവണമെന്ന് ഇവിടെ വെച്ച് നാം നിശ്ചയിച്ചിട്ടില്ല ഒരുപക്ഷേ മനസ്സ് കൽപ്പിക്കുന്ന ചിത്രങ്ങളിലേക്ക് നാം ഓരോരുത്തരും പോവാൻ ബാധ്യസ്ഥരാണെന്ന് ശാസ്ത്രീയമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ് ഏതായാലും നാളെ നമുക്ക് ആ വിഷയം കടന്നു വരുന്നത് കൊണ്ട് കൂടുതൽ വിസ്തരിക്കുന്നില്ല അതുകൊണ്ട് രാജൻ അങ്ങേക്കിതിൽ നിന്നൊക്കെ ഒരു മുക്തി വേണമെന്നില്ലേ ഉയരണമെന്നില്ലേ മനസ്സ് പറയുന്നത് പോലെ അല്ലല്ലോ ജീവിക്കേണ്ടത് വിവേകത്തോടുകൂടി ജീവിക്കണമെന്നില്ലേ അതുകൊണ്ട് എന്ത് വേണം ആ രാജാവിന് പറഞ്ഞു കൊടുക്കണോ ഒറ്റ രാജൻ അതെന്താണത് തസ്മീ മഹൽ മുഖച്ചരിതാ മുഖരിതാമതി രാജൻ അവിടുന്ന് ഈ ഭാഗവതം ശരിക്കും കേൾക്കൂ അങ്ങയ്ക്കിതിൽ നിന്നൊക്കെ മനസ്സിനെ ഉയർത്തി അങ്ങയുടെ ജീവിതം ധന്യമാക്കാൻ സാധിക്കും അങ്ങനെ നാരദമഹർഷി ഭാഗവതാദികൾ കഥകൾക്കൊ പറഞ്ഞു കൊടുത്ത് ആ രാജാവിന്റെ മനസ്സ് ഹരിയിലേക്ക് ഉയർന്നു എന്ന് പറയാണ് അദ്ദേഹത്തിന് മനസ്സിലായി ഈ ജീവിതത്തെ ജീവിതമാക്കി നിർത്തുന്നത് ഹരിയാണ് ഹരിയുടെ ചൈതന്യമാണ് ഹരീ തേഹൃതാത്മാ സ്വയം പ്രകൃതിരീശ്വരാ തൽപ്പൂലം ശരണം യഥക്ഷേമോണാമിഹ സവൈ പ്രിയതമസ്ചാത്മാ യോമയവണ്ണവേ ഇതി വേദസവൈ വിദ്വാൻ സഗുരു സഹരി അപ്രകാരം തന്നെ താനാക്കിത്തിരിക്കുന്ന ഭഗവാനിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രേമം വന്നു എന്നും ആ പ്രേമം ദൃഢമായി ഭഗവത് സ്മരണയിലൂടെ അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചു എന്നും അങ്ങനെ അദ്ദേഹം ഘോരമായ നരകത്തിൽ പതിക്കേണ്ട അദ്ദേഹം അതിൽ നിന്ന് മുക്തമായി ജീവിതത്തെ ധന്യമാക്കി എന്ന് പറഞ്ഞ് ഈ കഥ ഉപസംഹരിപ്പിക്കുകയാണ് ഇപ്രകാരം പുരഞ്ജുരൂപാഖ്യാനും ഉപസംരിപ്പിക്കുന്നു അപ്പൊ മറ്റാരുടെയും കഥയല്ല നമ്മുടെ ഓരോരുത്തരുടെയും കഥയായിട്ടാണ് പുരഞ്ജുരൂപാഖ്യാനം അവതരിപ്പിക്കുന്നത് ഏതായാലും ഇവിടെ വച്ച് ഇതിന്റെ തുടർച്ചയായിട്ട് നാളെ നമുക്ക് ഈ പുനർജന്മത്തെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായി പറഞ്ഞു ഒരു ഭാഗമാണ് രദൂപാഖ്യാനം അതാണ് രാവിലെ കടന്നു വരുന്നത് അതിനുശേഷം ഒരു പിതാവ് ഒരു മാതാവ് മക്കൾക്ക് എന്ത് ഉപദേശമാണ് കൊടുക്കേണ്ടതെന്ന് പിതൃ ഉപദേശം അച്ഛൻ കൊടുക്കുന്ന ഉപദേശമായിട്ട് ഋഷഭോപദേശം കാണാം പിന്നീട് ഭാഗവതത്തിൽ അതിമനോഹരമായ ഒരു ഭാഗമാണ് ഭരതരഹൂകണ ഉപദേശം പിന്നീട് ഭൂഗോളചരിതം അതും കഴിഞ്ഞ് പിന്നീട് നമുക്ക് കാണേണ്ട ഭാഗങ്ങളാണ് നരകവർണ്ണന ഇവിടെ എന്തെങ്കിലും തരത്തിൽ അപകടങ്ങൾ ചെയ്തവരൊക്കെ നരകത്തിൽ പോകണം എന്നാണ് എന്തപകടം ചെയ്താൽ കൊതുകിനെ കൊന്നാൽ പോകണോ സ്വാമി തീർച്ചയായിട്ടും എന്നാണ് അപ്പൊ പ്രത്യേകിച്ച് എറണാകുളത്തിലുള്ളവർ കൊതുകിനെ കൊല്ലാതിരിക്കില്ല പോവുക ഏ വലിയ നരകമൊന്നുമില്ല കുമ്പി ഭാഗം നരകത്തിലേ പോവുള്ളൂ ഓ അവിടുത്തെ പ്രത്യേകത അവിടെ കൊതുക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് വളരെ വേറെ ഒന്നുമില്ല അയ്യോ അവിടെ പോവാതിരിക്കാൻ വഴിയുണ്ടോ തീർച്ചയായിട്ടും നാളെ എല്ലാവരും വരൂ വഴിയുണ്ട് എന്ന് പറയാണ് അതിന് മുക്തമാവാനുള്ള വഴിയുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ എറണാകുളത്ത് ഒരു വീട്ടിൽ ദിവസവും ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വിട്ടുവരുമ്പോ കുറെ ആൾക്കാരെ കൊണ്ടുവരും ഗസ്റ്റുകളെയൊക്കെ അപ്പൊ ദിവസവും ഭാര്യ ചായ ഉണ്ടാക്കി കൊടുക്കും ഇവർക്കൊക്കെ ഇപ്പൊ ഒരു ദിവസം ഭാര്യ പറഞ്ഞു ഞാനെന്താ ഇവർക്കൊക്കെ വിളമ്പി കൊടുക്കാൻ നിങ്ങളുടെ ദാസിയാണോ നിങ്ങൾക്കെന്താ എന്നെ എന്നെ കൊണ്ട് കുറച്ച് പണിയിടപ്പിക്കണമെന്നുണ്ടോ നിങ്ങൾക്ക് ഇവരെ ഹോട്ടലിൽ കൊണ്ട് ചായ മേടിച്ചു കൊടുത്തുണ്ടെന്ന് ഉടനെ ഭർത്താവ് പറയാണ് എടി ഈ കൊതുകൾക്കൊക്കെ ആരാ ചോര കൊടുക്കുക തിയേസ് ഞാനിവിടെ കൊണ്ടുവരുന്നെച്ചാൽ അങ്ങനെങ്കിലും കുറെ കൊതുക് അടിച്ചോട്ട് എന്നാൽ നമുക്ക് രാത്രി സ്വസ്ഥമായിട്ട് കടന്നു തുടങ്ങാനോ അതാണ് അപ്പൊ നിനക്കൊരു ചായയേ പോവുള്ളൂ ആ രക്തം കിട്ടി പിന്നെ നമ്മളെ കടിക്കില്ലല്ലോ നമ്മളെ സ്വസ്ഥരായി അപ്പൊ ഈ പാപത്തിൽ നിന്ന് മുക്തരാവാൻ എന്താ മാർഗം നരകത്തിൽ പോവാതിരിക്കാൻ നരകത്തിൽ പോവാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് പോവാതിരിക്കാൻ എന്താ മാർഗം അതിന് മനോഹരമായ മറ്റൊരു കഥ പറയണോ അജാമിളോ ഭാഖ്യാനം എന്നൊരു കഥ അതിനുശേഷം വൃത്രാസുര ചരിതം പിന്നെ നാളെ മുതൽ അവതാരങ്ങൾ തുടങ്ങിയാണ് ഭഗവാൻ നരസിംഹമൂർത്തിയെ അത്യത്ഭുതകരമായ രൂപമെടുത്ത് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു എന്ന ഭാഗം നാളെയാണ് കടന്നു വരുന്നത് തൻ്റെ ഭക്തോത്തമനായ പ്രഹ്ലാദിനെ അനുഗ്രഹിക്കാനും തൻ്റെ പാർശ്വനായ ജയവിജയന്മാരിൽ വിജയനെ വീണ്ടും തിരിച്ചുകൊണ്ടുവരാനുമായിട്ട് ഭഗവാൻ ഒരു വല്ലാത്തൊരു പ്രത്യേകതയുള്ള അവതാരമാണ് നരസിംഹാവതാരം അതൊക്കെ നമുക്ക് നാളത്തേക്ക് കാണാം നാളെ വെച്ചുകൊണ്ട് ഉപസമരിപ്പിക്കണം സർവത്ര ഗോവിന്ദമസീർത്തനം ഗോവിന്ദഗോവിന്ദ രാധാരമണ മുകുന്ദരാര ചരണം മേ തവ ചരണുഗം പവനപുരേശാരാധാഷരണം മേ തവ ചരണയുഗം ദ മഹേശ്വരി പാർവതി ശങ്ക ചരണംേതവരണയുഗം സാംബസദശിവംഭോഷംഗ ശരണംവ ചരണയുഗം ഹരിഹര പുത്ര ആശി വൽസം നേതവ ചരണയുഗം രാധാരമണമുകുന്ദര ശരണംവ ചരണയുഗം പവന പുരേശാധാകൃഷ്ണ ചരണം മേത്തവ ചരണയുഗം ചരണംവ ചരണയുഗം സോവിന്ദമ സംഗീത്തനം ഗോവിന്ദ ഗോവിന്ദ നാളെ പതിവ് പോലെ ആറ് മണിക്ക് ആരംഭിക്കും പുഷ്പാഞ്ജലി കഴിച്ചവർക്ക് പ്രസാദമെടുത്ത് വായിക്കാവുന്നതാണ്